ലക്ഷണമ്യാനം ഭൂതംഭവം ഭവ്യദൃപം തദപ്യൂക്കാരേവ ജഗരിതസ്ഥാനോ ബലി പ്രജ്ഞസോനവിശതിമുഖ സ്ഥൂലഭു വൈശ്വാനര പ്രഥമ പദ kamam മം കാശ്യം സുഷുക്തീഭൂത പ്രജ്ഞാനഘനൈവാനന്ദമയോഹ്യാനന്ദഭേദോമുഖപ്രാസ്തൃതീയ പാല ബിപ്രജ്ഞം നോ ഭേദ പ്രജ്ഞം നനം ന ദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അഭ്യുപദേശം ഏകാത്മ പ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന് സത്മാേയ मां चिरम ऊनगारो अधिमंत्रम पादा मात्रा मात्रास्य पादा अपार उपारो मकारयते स पादस्य <tags> ऊनगारोत्मम पादा तमकस्य <inferior> प्रायो दरायते <future> जगदस्थालो വിശ്വാനോ അക്കാരഥമ മാത്രീരാധിമു ആപനോദരിഹൈ സർവാൻ കാതിഷവം വേദ ജസാരോ ദ്ധയാ മാത്ര ഉകർാ ഉഭയ ഉകർതിഹ വൈ ജനസമ്പതി സമാനശ്ചോത്തിമവിം വേദ ുക്തസ്ഥാനോ മക്കൃതീയ മാത്ര മിതരപീത വിനോദിഹ വർ അപീശോദ മാത്രോ അവ്യവഹാര്യപഞ്ചോപോ അദ്വൈതാരത്മേവ സംവിശതി ആത്മന ആത്മാനം വേദ പ്രചാരസത് വിേയ തൃപ്തിന്യൂനസ്സമാ മായ മനസ് ഹിതമായ മനസ്സുകൾ അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് മനസ്സിന്റെ എല്ലാ പരിണാമങ്ങളും മനസ്സിന്റെ പരിണാമത്തിന് വേദാന്തത്തിന്റെ ഭാഷക്കൊരു പുലർത്തി മനഃപരിണാമം എന്ന് പറയും സുഖവും ദുഃഖവും തുടങ്ങിയ വികാരങ്ങളെല്ലാം അദ്വൈതത്തിൽ പറയുന്ന വൃത്തികളൊന്നാണ് മനോവൃത്തികളെന്നും അതിനെ കുറിച്ചുള്ള അറിവുകൾ അതിനും മനോവൃത്തി എന്നാണ് പറയുന്നത് അത് അനുഭവം സ്മൃതി ഇതെല്ലാം മനോവൃത്തികളാണ് ഇതാണ് വികല്പങ്ങൾ ഇവിടെ പറയുന്നു യോഗികളുടെ മനസ്സ് നിർവികല് വികല്പരഹിതമായിരിക്കുന്നു നിർവികൽപ്പമാകുന്ന മനസ്സ് അതിന്റെ പ്രചാരം അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് വളരെ വിശേഷപ്പെട്ടതാണ് വിശേഷേണോ യോഗി ഫീ അത് അറിഞ്ഞനുഭവിക്കേണ്ടതാണ് അത്രമാത്രം മഹത്വം ഉള്ളതാണ് ആ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുമതാണത് നിർഭയമാണോ അഭയമാണോ ശാന്തമാണോ ഇങ്ങനെ പലതരത്തിൽ വിശേഷിപ്പിക്കും അനുഭവിച്ചറിയേണ്ടതാണ് എന്ന് മനസ്സിനെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു പരസ്പര വിരുദ്ധമെന്ന് പറയുന്ന രണ്ടു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് മനസ്സ് വകല്പങ്ങൾ ഉണ്ടായിരിക്കില്ല അത് നിഗ്രഹിക്കപ്പെട്ട മനസ്സിൽ മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക നശിപ്പിക്കുക മനസ് എന്നെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ മനസ്സ് കാണത്തില്ല മനസ്സ് കാണാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രചാരണം പ്രചരണം ഇവിടെ ഭാഷകാരൻ തന്നെ പറയും അതിന്റെ പ്രചരണം അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കും അതുകൊണ്ട് നിഗ്രഹണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ ഏകാഗ്രമാണ് സമാധി എന്ന് പറയുന്നിടത്തും ഷ്യകാരൻ അർത്ഥം പറയുന്ന ഏകാഗ്രമെന്നാണ് പൊതുവെ അദ്വൈത പ്രകടനത്തിൽ സമാധി എന്ന് പറയുന്നിടത്തെ ഏകാഗ്രത എന്നുള്ള അർത്ഥമാണ് നടക്കുന്നത് അപ്പൊ നിഗ്രഹിക്കുക പറഞ്ഞാൽ മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന് പറയും നിഗ്രഹിക്കുക നശിപ്പിക്കുക ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥത്തിൽ നിന്ന് ഏകാഗ്രത എന്നുള്ള അർത്ഥം ഇങ്ങനെ വരും നമ്മുടെ മനസ്സിന്റെ നിഗ്രഹം സംഭവിക്കുന്നു മനസ്സിന്റെ വ്യാവഹാരികമായ ഭാവത്തെക്കുറിച്ച് നമ്മൾ മുൻപ് ചർച്ച ചെയ്യും മനസ്സിന്റെ ആ വ്യവഹാരികമായ ഭാവം നശിക്കും അത് ഏകാഗ്രമാകുന്നു ഏകമായ അഗ്രഹത്തോടു കൂടിയതാകുന്നു അഗ്രഹം എന്ന് പറഞ്ഞാൽ വിഷയം ഏകമാകുന്ന വിഷയത്തോടു കൂടിയിട്ടാകുന്നു മനസ്സ് അന്തർമുഖമാകുന്നു മനസ്സിന്റെ വിഷയം താൻ തന്നെയാവും ഏകാഗ്രത മനസ്സിന്റെ വിഷയം ആത്മാവ് തന്നെയാവും മനസ്സിന്റെ വിഷയം ആത്മാവ് തന്നെ ആകുമ്പോഴാണ് മനസ്സിലൂടെ ഏകാഗ്രത വരുന്നത് ആ സമയത്ത് മനസ്സിന് മറ്റ് വൃത്തികളെല്ലാം ഉണ്ടാകും അതാണ് മനസ്സിന്റെ നിഗ്രഹം എന്ന് പറയും മറ്റ് വകല്പങ്ങൾ ഇല്ലാതാകും മറ്റു വകല്പങ്ങളെല്ലാം ഇല്ലാതായി മനസ് ഏകാഗ്രമാകുന്നത് മനസ്സിന്റെ ലയം അല്ല എന്നാണ് അടുത്ത് പറയുന്നു മനസ്സ് ലയിക്കുമ്പോഴും വൃത്തികൾ എല്ലാം ില്ലാതാകുന്നു പക്ഷെ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതെന്താണ് ഇത് വിജ്ഞേയമാണ് യോഗികൾക്ക് മനസ്സിന്റെ ലയം അതിനെക്കുറിച്ച് നമുക്ക് പരമാവധി പറയാമെന്നുള്ള ആജ്ഞേയം ഒന്നും അറിയാൻ എന്നേ പറയാൻ കഴിയുന്നുള്ളൂ സുഷുതി മനസ്സിന്റെ ലയാവസ്ഥ അടുത്തതാണ് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കൊണ്ടു നടന്നിട്ട് ഒന്നേ പറയാൻ കഴിയുന്നുള്ളൂ ഒന്നും അറിഞ്ഞിരുന്നില്ല തോടെ വിജ്ഞയമായിട്ടൊന്നുമില്ല അത് മാത്രമല്ല അത് സർവസാധാരണ ഇവിടെ പറയുന്ന അവസ്ഥ യോഗികൾക്ക് മാത്രം എന്ന് പറയുന്നു ഭാഷകാരൻ വിശേഷീണ ജ്ഞേയോ യോഗ ഭീ അത് അനുഭവിക്കേണ്ട കാര്യമാണ് അത് മാത്രമല്ല സദാ നാനാരൂപത്തിൽ പ്രണമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സ് എങ്ങനെ ഏകാഗ്രമാകും എന്താണതിനെ ഏകാഗ്രമാക്കുന്നത് സാധാരണ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് മനസ്സ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറപ്പിക്കുക ഏതെങ്കിലും ഒരു മനസ്സിൽ വിഷയത്തിന് ഉറപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുക അതാണ് മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്നത് മനസ്സേകാഗ്രമാകുമ്പോഴും മനസ്സിനൊരു വിഷയം കൂടിയേ തീരൂ എന്ന് വരുന്നു മനസ്സുള്ളിടത്തോളം കാലം മനസ്സിനൊരു വിഷയം കൂടാതെ മനസ്സ് ഏകാഗ്രമാകത്തില്ല പല വിഷയങ്ങളായാലത് വിക്ഷിപ്തമായി ഒരു വിഷയത്തിലേക്ക് വന്നാൽ അത് ഏകാഗ്രമായി നിഗ്രഹീതമായി മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് ഏകാഗ്രമായാൽ ആ വിഷയത്തിനെക്കുറിച്ച് ഉള്ള ജ്ഞാനം മനസ്സിലിരിക്കും ഏതു വിഷയത്തിലും മനസ്സിലാക്കും ഏകാഗ്രമാകാം ഭൗതികമോ ആത്മീയമോ ആയ ഏതു വിഷയത്തിലും പക്ഷെ അവിടെ ഒന്നും സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ധീമതഹ വിവേകതഹ അതിനാണ് ഇവിടെ പ്രാധാന്യം നമ്മുടെ മനസ്സിന് വിവേകമുണ്ടായിരിക്കും ഏകാഗ്രമായ മനസ്സ് തന്നെ വിവേകത്തോടു കൂടിയതാകണം ഇവിടെ വിവേകം എന്ന് പറഞ്ഞാൽ അതിന്റെ സാധാരണത്ഥം തിരിച്ചറിവെന്നാണ് ഇവിടെ എന്തിനെ കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെ കുറിച്ചുള്ള തിരിച്ചറിവ് തന്റെ യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് അതിനാണ് നമ്മൾ ആത്മബോധം എന്ന് പറയുന്നത് അപ്പൊ ആത്മബോധമാകുന്ന വിവേകം കൊണ്ട് ആത്മാവിന് മനസ്സ് ഏകാഗ്രമാകും അതിനുവേണ്ടിട്ടാണ് ഈ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ധീമത്തായ മനസ്സ് വിവേകമുള്ള മനസ്സ് എന്ന് പറയുന്നത് ആത്മബോധം ആത്മതത്വശ്രവണം കൊണ്ട് ആത്മ മനനം കൊണ്ട് ആത്മബോധം ഉണ്ടാകുന്നു ആത്മബോധം എവിടെയുണ്ടാകുന്നു മനസ്സിലുണ്ടാവുന്നു മനസ്സിലാണ് ആത്മബോധം സംഭവിക്കുന്നത് അങ്ങനെ മനസ്സിൽ ആത്മബോധം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിൽ ആത്മാവിനല്ലാതെ മറ്റൊന്നിനും നിലനിൽക്കാൻ വേണ്ടിയിരുന്നു ആ മനസ്സിന്റെ വിഷയവും ആത്മാവും മാത്രമായിരുന്നു ആ വിഷയം ആത്മാവ് മാത്രമായിരിക്കുമ്പോൾ അവിടെ മനസ്സ് ഏകാഗ്രമാകുന്നു ഏകമായ അഗ്രത്തോടുകൂടിയതാകുന്നു ഏകമായ വിഷയത്തോടുകൂടിയതാകുന്നു അവിടെ മനസ്സിന് എന്താകുന്നു നിർവികൽപ്പമാകുന്നു അതും മനസ്സിന്റെ പ്രചാരമാണ് ഇവിടെ ഭാഷകാരം പറയുന്ന എന്താണ് അതിന്റെ പ്രചരണം സംഭവിക്കുന്നതുമാണ് മനസ്സെവിടെ പ്രചരിക്കുന്നു ആത്മാവിൽ പ്രചരിക്കുന്നു ആത്മാവിൽ പ്രചരിക്കുന്ന മനസ്സ് ഏകാഗ്രം തന്നെ നിർവികൽപ്പം തന്നെ വിവേകം ഉള്ളതുമാണ് അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നു ആത്മഭിന്നമായ വിഷയങ്ങളിലേക്ക് മനസ്സ് പോയാൽ അവിടെ വികൽപ്പങ്ങൾ സംഭവിക്കും മനസ്സാത്മാവിൽ മാത്രമാകുമ്പോൾ അവിടെ വികൽപ്പങ്ങൾ സംഭവിക്കുന്നു അതാണ് ആത്മബോധം ഉള്ള മനസ്സെന്ന് പറയുന്നത് അതാണ് മനസ്സിന്റെ അമിനീഭാവം എന്ന് പറഞ്ഞത് മനസ്സ് അതിന് സാങ്കേതികമായ ഭാഷയിൽ പറയുന്നതാണ് ആത്മാകാരമായി മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും ആത്മാകാലമായ മനസ്സിന്റെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ആ മനസ്സിന് വരുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് ആത്മാവിന്റെ വിശേഷണങ്ങളെല്ലാം അതിന് സംഭവിക്കുന്നു അതെല്ലാം മനസ്സിലെ സംഭവിക്കുന്നു ആത്മാവിന് നമ്മൾ കൽപ്പിക്കുന്ന വിശേഷങ്ങൾ അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വരൂപമൊന്നും നമ്മൾ ഭാവന ചെയ്യുന്ന വിശേഷങ്ങൾ എന്താണ് ആത്മാവ് പരിശുദ്ധമായ ഉന്മയാണ് അത് മനസ്സിലേക്ക് വരുന്നു ആത്മാവ് അഭയ സ്വരൂപമാണ് അത് മനസ്സിൽ വരുന്നു ആത്മാവ് ശാന്തമാണ് അത് മനസ്സിലേക്ക് വരുന്നു ആത്മാവ് ബോധസ്വരൂപമാണ് മനസ്സ് അതിന്റെ ദൃഢഭാവത്തെ വിട്ട് കേവലം ബോധസ്വരൂപത്തിലിരിക്കുന്നു ആത്മാവ് ആനന്ദ സ്വരൂപമാണ് ഇങ്ങനെ ആത്മാവിന് നിരവധി വിശേഷണങ്ങൾ ശ്രുതി പറയുന്നു ഈ വിശേഷണങ്ങളോ എല്ലാം മനസ്സ് അല്ലെങ്കിൽ മനസ്സ് ആ രൂപത്തിൽ അതാണ് പറയുന്നത് അത് അറിഞ്ഞനുഭവിക്കേണ്ട ഒരു കാര്യമാണ് വിശേഷമായിട്ട് എന്ന് പറഞ്ഞാൽ സ്വ അനുഭവത്തിലൂടെ അത് ശ്രവണത്തിലൂടെയല്ല ധ്യാനത്തിലൂടെ അല്ല സ്വാനുഭവത്തിലൂടെ അത് അറിഞ്ഞു തന്നെ തീരേണ്ട കാര്യമാണ് എന്നാണ് ഈ വിശേഷണങ്ങളെല്ലാം കൊടുത്തത് നിർവികല്പമായ ധീമത്തായ നിഗ്രഹീതമായ മനസ്സിന്റെ പ്രചാരം എന്ന് പറയുന്നു അത് സമാധിയല്ല എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ മനസ്സിൽ കാണുന്ന സമാധിയല്ല ഇതിനെയും നമുക്ക് സമാധി എന്ന് പറയാം വാസ്തവത്തിൽ ഇത് സമാധിയാണ് പക്ഷെ ഈ സമാധിക്ക് സവിശേഷതയുണ്ട് അതിന് ഇത്രയും യോഗ്യതകളുണ്ടായിരുന്നു അത് വിവേകത്തായിരിക്കും നിർവികൽപമായിരിക്കും ഏകാഗ്രമായിരിക്കും അതിന് മറ്റു വിഷയങ്ങളുണ്ടായിരിക്കത്തില്ല അത് അതിനെ സംബന്ധിച്ച് എങ്ങനെ പറയാൻ പറ്റും അതാണ് അവിടെ ചോദിക്കുന്നത് നനോ സർവപ്രത്യഭാവി സുഷുത്തസ്ത മനസഹ പ്രചാര താദൃശോവ നിരുദ്ധസ്യവി സർവപ്രത്യ അഭാവം പറയുന്നു പറഞ്ഞ ഇവിടെ മനസ്സിന് വിഷയം ഒന്നേ ഉള്ളൂ ആത്മാവ് മാത്രമാണ് മനസ്സിന് വിഷയം സർവപ്രത്യങ്ങളുടെയും അഭാവം പറഞ്ഞു സർവപ്രത്യാഭാവം മനസ്സിൽ വരുമ്പോ അവിടെ സുഷുത്തി പോലെ ആകത്തില്ലേ കാരണം അവിടെയും സർവപ്രത്യാഭാവം വന്നിരിക്കുന്നു പക്ഷെ ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളത് വിശദീകരിച്ചു വന്നാലും നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ സംശയം വരുന്നത് നമുക്ക് പറയാം സുഷുത്തിൽ മനസ്സ് നിർവികൽപ്പമാണ് വികൽപ്പങ്ങളൊന്നുമില്ല പറയുന്നു ശാന്തമായി സുഖമായി ഉറങ്ങുന്നു എന്ന് പറയുന്നു അത് നിർവികൽപ്പമായ അവസ്ഥയാണല്ലോ വാസ്തുശക്തിയുടെ അവസ്ഥയാണോ അവിടെയും മറ്റു പ്രചാരങ്ങളൊന്നുമില്ല സർവപ്രത്യാഭാവം അവിടെ സംബന്ധിക്കുന്നു പറയുന്നു അതുപോലല്ല നിരുദ്ധ മനസ്സ് ഏകാഗ്രമായ മനസ്സതല്ല അവിടെ മനസ്സിന് ഏകാഗ്രതയില്ല അവിടെ മനസ്സിന് ലയം സംഭവിച്ചിരിക്കുന്നു അവിടെ എവിടേക്കോ ലയിച്ചിരിക്കുന്നുവെന്നേ പറയാൻ പറ്റൂ കാരണം ആ അനുഭവത്തെക്കുറിച്ച് ഉണർന്ന് ആ സമയത്ത് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല യോഗിയെ സംബന്ധിച്ച് അങ്ങനെയല്ല യോഗി തന്റെ അവസ്ഥയിൽ ഉണർന്നിരിക്കുന്നു അജ്ഞൻ സുഷുപ്തിയിൽ ഉറങ്ങിക്കിടക്കും അപ്പൊ സുഷുപ്തിയിലുമുണ്ട് സർവപ്രത്യ അഭാവം ഒന്നും അറിയുന്നില്ല യോഗിയെ സംബന്ധിച്ചുകൊണ്ട് യോഗി ഉണർന്നിരുന്ന സർവപ്രത്യഭാവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു യോഗിയിൽ സർവപ്രത്യ അഭാവം എങ്ങനെ വരുന്നു ഈ വിക്ഷേപങ്ങളെല്ലാം അവിടെ ഒടുങ്ങിയിരിക്കുന്നു അത് പലതരത്തിൽ മനസ്സിലാക്കാം ഒന്ന് എന്താണ് യോഗിയുടെ മനസ്സ് മായതുകൊണ്ട് മറ്റു മനോവൃത്തികൾ യോഗിയുടെ മനസ്സിൽ ഉദയം ചെയ്താലും അത് വിവേകത്തോട് താതാന്യപ്പെട്ടിരിക്കുന്നു മറ്റു വൃത്തികളെന്ന് യോഗിയുടെ മനസ്സ് ആത്മബോധത്തിൽ നിൽക്കുന്നു അത് സദാ ഉള്ളർവാണ് അടുത്തു പറയും സത്രു വിഭാഗം സൂര്യൻ ഊതിച്ച് അസ്തമിക്കുന്നതാണ് നമ്മളെന്നും കാണുന്നു അതുകൊണ്ട് നമ്മൾ രാവും പകലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രകാശം ഇരുട്ടും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഒരു സാധകന്റെ മനസ്സ് എന്റെ ആത്മബോധം അതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ഇരുളും വെളിച്ചും മാറി മാറി വന്നുകൊണ്ടിരിക്കും ആത്മാിന്തയിൽ വരുമ്പോൾ മനസ്സിൽ പ്രകാശമുണ്ട് വിഷയ ചിന്തയിലേക്ക് പോകുമ്പോൾ മനസ്സിൽ വീണ്ടും ഇരുൾ വരും ആ ഇരുളിനെ തുടർന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും വരും രാഗദ്വേഷാദികൾ കാമക്രോധാദികൾ അഹന്ത തുടങ്ങിയ മാറ്റാൻ കഴിയാത്ത ഭാവങ്ങളെല്ലാം വരും അയസമയ ഇരുളു മാറിയാലോ അവിടെ ആത്മവിശേഷങ്ങളെല്ലാം വരും നിർഭയത്വം ശാന്തി സുഖം ഇതെല്ലാം സാധകരുടെ മനസ്സിലും വരും അത് ആത്മബോധ സ്ഫുരണമനുസരിച്ച് പ്രകാശം ഇരുട്ടുന്നോകം മാറി മാറി അനുഭവപ്പെടുന്നത് പോലെ യോഗിയുടെ നില അങ്ങനെയല്ല യോഗിയുടെ നില നിന്ന് സൂര്യനെ കാണുന്നതുപോലെ സൂര്യനിൽ നിന്ന് സൂര്യനെ സാക്ഷാത്കരിക്കുന്നു പോലും അവിടെ എന്താണോ ഉദയാസ്തമയങ്ങളില്ല ഇരളും പ്രകാശവും മാറി മാറി അവിടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരളിന്റെ ദോഷങ്ങളൊന്നും അവിടെ ബാധിക്കുന്നില്ല ഇവിടെ നമ്മളെ ഇരളിന്റെ ദോഷം ബാധിക്കുന്നു എല്ലാ സാധകര്യും അത് ബാധിക്കും പക്ഷേ യോഗിയെ അങ്ങനെ ബാധിക്കുന്നുണ്ട് ഇവിടെ പറയുന്ന തത്വജ്ഞൻ തത്വജ്ഞന് അവിടെ പ്രകാശം മാത്രമേ ആ പ്രകാശത്തിൽ എന്ത് തന്നെ വന്നു വിട്ടാലും അതിനെ പ്രകാശമയമായിട്ടറിയുന്നു അതാണ് അതിനോട് ഏകീഭവിച്ച് താതാമ്യപ്പെട്ടറിയുന്നു എന്ന് പറയുന്നു ജ്ഞാനിയുടെ വൃത്തിശൂന്യതയും സുഷൃപ്തിയും തമ്മിലുള്ള പ്രകാശത്തിൽ എന്ത് കടന്നു വന്നാലും ശരി അതിനെ പ്രകാശമയമായിട്ടാണ് അറിയുന്നത് പ്രകാശത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ ചക്ഷേന്ദ്രിയം ഈ നാമരൂപങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏത് നാമരൂപത്തെ അതിലൂടെ അറിഞ്ഞാലും അതിനെ പ്രകാശാത്മകമായി അറിയുന്നു പ്രകാശമയമായിട്ട് അറിയുന്നു അതുപോലെ യോഗിയുടെ ചിത്തപ്രചാരം ഏകാഗ്രമായ നിർവികൽപമായ വിവേകപൂർണമായ മനസ്സിൽ പ്രപഞ്ചഭാനവും ആത്മപ്രകാശത്തിൽ നിലനിൽക്കുന്നു അവിടെ പ്രപഞ്ചഭാനവും ഒരു വിക്ഷേപമല്ല പ്രപഞ്ചപ്രതീതി തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഒരു വിക്ഷേപമല്ല അജ്ഞന സംബന്ധിച്ച് അങ്ങനെയല്ല അവൻ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അവന്റെ വിക്ഷേപങ്ങളെല്ലാം ഒടുങ്ങും ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവൻ എല്ലാ വിക്ഷേപങ്ങളെയും അനുഭവിക്കുന്നു ആ വിക്ഷേപങ്ങൾക്കനുസരിച്ച് ആ വിക്ഷേപകാര്യങ്ങളായ സർവഭുമാനം ബന്ധിക്കുന്നു ബാധിക്കുന്നു അവൻ സുഹോധത്വങ്ങൾക്കെല്ലാം അധീനനായി പോകും അവന്റെ സംസാരമെന്ന് പറയും തത്വജ്ഞനം സംബന്ധിച്ചിടത്തോളം എന്താണ് അത് സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശത്തെ സാക്ഷാത്കരിക്കും പോലെയാണ് അവിടെ ഈ വെളിച്ചവും ഇരളും മാറി മാറി അനുഭവപ്പെടുന്നുണ്ട് ഒരേവര് ആത്മപ്രകാശത്തിൽ മാത്രം നിൽക്കുന്നു ആ ആത്മപ്രകാശത്തിൽ എന്തു തന്നെ പ്രതീതമായ ശേഷം അത് ദ്വന്ദ്വാത്മകമായല്ല നന്മയും തിന്മയും സത്തും അസത്തും പ്രകാശവും ഇരളും എല്ലാം അതിനോട്ഭേദമായി താതാത്മ്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് പറയുന്നെന്താണ് അവിടെയും പ്രചാരമുണ്ട് ചിത്തപ്രചാരമുണ്ട് ഏകാഗ്രമായ ആത്മബോധം സ്ഫുരിക്കുന്ന മനസ്സിന്റെ നില അവിടെയുമുണ്ട് പക്ഷെ അവിടെ പ്രപഞ്ചഭാനം പ്രപഞ്ചപ്രതീതി നിലനിന്നാലും അത് നിർവികൽപ്പകമാണ് പ്രപഞ്ചപ്രതീതി അവിടെ നിലനിന്നാലും അത് നിഗ്രഹീതമാണ് ഏകാഗ്രമാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് അവിടെ ആത്മാവിൽ നിന്നും അന്യമല്ലാതെ സർവത്തെയും കാണുന്നു അല്ലെങ്കിൽ സർവത്തെയും ആത്മാവായി തന്നെ കാണുന്നു എന്നെല്ലാം സാധാരണ പറയുന്നു അതുകൊണ്ട് വൃത്തിശൂന്യത എന്ന് പറയുമ്പോൾ സുഷുത്തിയിലെ പോലെയുള്ളവർ മനോലയമാണ് അതെന്ന് ധരിക്കരുത് അത് വിശേഷിച്ച് എന്ന് പറഞ്ഞാൽ സ്വ അനുഭവത്തിലൂടെ തന്നെ ഗ്രഹിക്കേണ്ടതൊന്നാണ് എന്നാണിവിടെ ആചാര്യൻ പറയുന്നത് ഏകദൃശ സർവപ്രത്യാഭാവി അവിടെയും പ്രത്യാഭാവം വരുന്നു പ്രത്യാഭാവം എന്ന് പറയുമ്പോഴും പ്രപഞ്ചപ്രത്യങ്ങളുടെ അഭാവമെന്ന് ധരിച്ചാലും അത് സുഷൃത്തി പോലെയല്ല മൂർച്ച പോലെയല്ല ഏതെങ്കിലും തരത്തിലുള്ള സമാധി പോലെയല്ല ഏതെങ്കിലും വിഷയത്തിനും മനസ്സ് ഏകാഗ്രപ്പെട്ടുണ്ടാകുന്ന സമാധി പോലെയല്ല ഇതിനെയും നമുക്ക് സമാധി എന്ന് പറയാം പക്ഷെ ഇവിടെ മനസ്സ് ആത്മാവിൽ ഏകാഗ്രപ്പെട്ടിരിക്കുകയുണ്ട് ആത്മാവിൽ ഏകാഗ്രപ്പെടാത്ത സമാധികളെയും ഇവിടെ സമാധി എന്ന് പറയത്തില്ല മനസ്സിൽ സമാധി വരുന്നതിനത് ആത്മാവിൽ ഏകാഗ്രപ്പെടണമെന്നില്ല സ്ഥൂലമോ സൂക്ഷ്മമോ ആയ ഏതു വിഷയത്തിനും മനസ്സിൽ സമാധിയുണ്ടാകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല യാസുഷുപ്ത മനസ്സഹ പ്രചാര സുഷുപ്തന്റെ മനസ്സിനും ഒരു പ്രചാരം അവിടെയും മനസ്സിന് എന്തോ ഒരു പരിണാമം സംഭവിക്കുന്നു എന്തുകൊണ്ടങ്ങനെ പറയുന്നു കാരണം വീണ്ടും ജാഗ്രതയിലേക്ക് മനസ്സ് തുടരുന്നു മുമ്പിരുന്ന സംസ്കാരങ്ങളോടുകൂടി തന്നെ വീണ്ടും മനസ്സ് ഉണരുമ്പോ വരുന്നു ശ്രുതി തന്നെ പറയുന്നു സിംഹം ഉറങ്ങിയാൽ സിംഹമായി തന്നെ ഉണരുന്നു പൊതുവ് ഉറങ്ങിക്കഴിഞ്ഞാൽ കൊതുതായി തന്നെ ഉണരുന്നു എന്നല്ല ശ്രുതി പറയുന്നു ആ മനസ്സൊരു ഏതൊരു സംസ്കാരവുമായിട്ടാണോ ഉറങ്ങിയത് ആ സംസ്കാരവുമായിട്ട് ഉണരുന്നു അപ്പോ എന്തായാലും മനസ്സിന്റെ ഏതോ ഒരു തരത്തിലുള്ള പ്രചാരം അതിന് അദ്വൈതികൾ പറയുന്ന അനർവചനീയമായ പ്രചാരം ോ ഇല്ലെന്നോ പറയാൻ വയ്യാത്തൊരു പ്രചാരം അതവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഉണർവില്ല ആത്മപ്രകാശം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് താദൃശ്യവ നിരുദ്ധശ്യാവി നിരുദ്ധ മനസ്സ് അതുപോലെ ആയിരിക്കുമോ എന്നൊരാശങ്കയാണ് പ്രത്യയാഭാവ അവിശേഷ പ്രത്യയാഭാവവും രണ്ടു സ്ഥലത്തുമുണ്ട് പ്രത്യാഭാവം മനസ്സിന്റെ സ്ഥൂലമായ പ്രത്യങ്ങൾ രണ്ടു സ്ഥലത്തും ഇല്ല സ്ഥൂല പ്രത്യം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചഭാനം പ്രപഞ്ചഭാനം എന്ന് പറയുമ്പോൾ ഈ അജ്ഞാനനിദ്രയിൽ നിന്നുകൊണ്ടുള്ള ഭാനം അതാണ് ഉണർന്നാലും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്ക് ഉറക്കത്തെ വിടാൻ പറ്റുന്നില്ല പൂർണമായി ഉറക്കം ഉണരുന്നവനെയും പിന്തുടരുന്നു ആ ഉറക്കം ഉണർവിലും ഉറക്കത്തിനും സാധാരണമായിരിക്കുന്ന അവിവേകമാണ് അതാണ് ആ അവിവേകത്തിലൂടെയാണ് ഉണർന്നു കാണുന്നത് എല്ലാത്തിനെയും ആ വിവേകത്തിലൂടെ ഉണർന്നു കാണുന്നതുകൊണ്ടാണ് ഈ മനസ്സ് രാഗദ്വേഷങ്ങൾക്കും അഹന്തയ്ക്കും മമതയ്ക്കും എല്ലാം കീഴ്പ്പെട്ടുപോകുന്നത് ആ വിവേകം ആ മനസ്സിനെ അങ്ങനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നുണ്ടാണ് അപ്പോൾ ഈ ഉണർവിൽ പ്രത്യയം നിലനിൽക്കുന്നു എന്നാൽ വിവേകം ഉള്ള മനസ്സിൽ തത്വജ്ഞന്റെ മനസ്സിൽ ആ തത്വജ്ഞനും പ്രപഞ്ചാനുഭവമുണ്ട് പക്ഷെ അവിടെ ഈ രാഗദ്വേഷങ്ങൾക്ക് കീഴ്പെട്ടുപോകുന്ന ഈ പ്രത്യങ്ങളില്ല അവിവേകകാര്യമായിരിക്കുന്ന ഈ പ്രത്യയങ്ങൾ അവിടെയില്ല അതാണ് പ്രത്യയഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത് തത്വജ്ഞന്റെ മനസ്സിൽ അത്തരത്തിലുള്ള പ്രത്യങ്ങളില്ല എന്നാൽ തത്വജ്ഞന്റെ മനസ്സിനും പ്രചാരമുണ്ടെന്ന് പറയുന്നു അത് അനുഭവിച്ചറിയേണ്ടതാണെന്നും പറഞ്ഞു അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ഒന്നും ആർക്കും സാധ്യമല്ല തത്വജ്ഞനെ പോലും സാധ്യമല്ല ും തത്ര വിജ്ഞേയം ചോദിക്കുന്നത് എന്താ അവിടുത്തെ വിശേഷത വീണ്ടും ചോദിക്കുന്നു തത്വജ്ഞന് എന്ത് പ്രത്യേകതയാണുള്ളത് പ്രത്യഭാവമാണെങ്കിൽ അത് തനിക്കുമുണ്ട് താനും ആ പ്രത്യേക അനുഭവത്തെ പ്രതി സാക്ഷാത്കരിക്കുന്നുണ്ട് ഉറക്കത്തിൽ എന്താ അവിടെ പ്രത്യേകത പത്രവിച്ചതേ പറയുന്നു പറയാം നൈവം അങ്ങനെയല്ല എസ്മാ സുഷുപ്തെ അന്യഹ പ്രചാര സുഷുത്തിയിലെ ആ പ്രചാരം മനസ്സിന്റെ അവസ്ഥ മനസ്സിന്റെ പരിണാമം അത് വേറൊന്നു തന്നെയാണ് എന്താണ് അവിദ്യമോഹ തമോ ഗ്രസ്ത അന്തർലീന അനേക അനർത്ഥ പ്രവൃത്തിബീജവാസനാവത മനസ അതാണ് സുഷുത്തിയുടെ സ്ഥിതി ജാഗ്രതീന്ന് തന്നെയാണ് അവിദ്യാമോഹ തമോഗ്രസ്ത അവിദ്യ അതിന്റെ കാര്യമായി വരുന്ന മോഹം വിവേക ശൂന്യത നേരത്തെ പറഞ്ഞപ്പോൾ ധീമത വിവേകത എന്ന് മനസ്സിനെ വിശേഷിപ്പിച്ച് നേരവിരുദ്ധമായി ആത്മബോധം നഷ്ടപ്പെടുന്നു ആത്മസ്മൃതി നഷ്ടപ്പെടുന്നു അഹംബോധം സ്ഫുരിക്കുന്നു അത് ശരീരത്തിൽ വരുന്നു ശരീരത്തോട് ബന്ധപ്പെട്ടതിനെല്ലാം മമത വരുന്നു ഉള്ളിൽ രാഗദ്വേഷങ്ങൾ വരുന്നു ഇതൊന്നും ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അനുസ്യൂത മനസ്സിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അതും ഒരു തരത്തിലുള്ള പ്രചാരണമാണ് വാസ്തവത്തിൽ എന്തു ചെയ്യുന്നു ഈ മോഹം മനസ്സിന് വിഴുങ്ങിക്കളയു അതിനോട് പറയുന്നത് തമോഗ്രസ്ഥം മനസ് പൂർണമായും ഇതിന് അധീനമായി പോകുന്നു അസാധാരണഗതിയിൽ ആർക്കായാലും ഇത് സംഭവിക്കുന്നു ഉണർന്നു കഴിഞ്ഞോ ആ വിവേകബോധം ഉണ്ടാകാത്തിടത്തോളം കാലം അതുകൊണ്ടാണ് ഭക്ഷ്യകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ വെറുതെ മനസ്സിനെ നിരോധിച്ചതുകൊണ്ടോ ഏതെങ്കിലും സമാധിയെ പ്രാപിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല കാരണം മനസ്സിന് ഇതെല്ലാം വിഴുങ്ങിയിരിക്കുകയാണ് കുറച്ച് സമയം അതിനെ അമർത്തി വെച്ചതുകൊണ്ട് മനസ്സിന് ഇതിൽ നിന്ന് മോചനം നേടാൻ പറ്റത്തില്ല എപ്പോഴാണോ പിടിപെടുന്നത് അപ്പോൾ വീണ്ടും മനസ്സിനെല്ലാം കീഴ്പെട്ടുപോകും മനസ്സിന് ഇതെല്ലാം വീങ്ങിക്കളെ അതുകൊണ്ട് യോഗസമാധിയിൽ നിന്ന് ഉണർന്നു വന്നാലും ശരി യോഗസമാധിയിൽ എത്രമാത്രം വിശേഷപ്പെട്ട സുഖം അനുഭവിച്ചുകൊണ്ടിരുന്നാൽ ആ ഉണർവിൽ വീണ്ടും മനസ്സ് ഇതിനെല്ലാം കീഴ്പ്പെട്ടു കാരണം ഇതിന്റെ സ്വാധീനം ശക്തമാണ് അതുകൊണ്ടാണ് പറയുന്നത് മോഹഗ്രസ്തമാകുന്നു മനസ്സ് അതിന്റെ തെളിവെന്താണ് അങ്ങനെ സംഭവിക്കുമെന്നുള്ളതിന് ഉറക്കം തന്നെ ഉറക്കത്തിൽ നമ്മുടെ മനസ്സിനെ നിഗ്രഹിച്ചു ആരോ നിഗ്രഹിച്ചു നമ്മൾ അറിഞ്ഞുകൊണ്ട് നിഗ്രഹിച്ചു അന്തരിയാമി അതിനെ നിഗ്രഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനെ ഒരു ഗുണപാഠമാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മനുഷ്യനത് തിരിച്ചറിയുന്നതിനുള്ള വിവേകമില്ലാത്തവന് അതിൽ നിന്ന് ഗുണപാഠങ്ങളൊന്നും ഉൾക്കൊള്ളുന്നു പക്ഷെ അവിടെ മനസ്സിനെ പൂർണ്ണമായും നിഗ്രഹിച്ചു അവിടെ രാഗദ്വേഷങ്ങളില്ല കാമക്രോധങ്ങളില്ല ഒന്നുമില്ല മനസ്സവിടെ സ്വതന്ത്രമായി എന്ന് നമുക്ക് പറയാം പക്ഷെ എന്നിരിക്കലും ഉണർവിലേക്ക് വരുമ്പോ വീണ്ടും അതിനെല്ലാം അടിമപ്പെട്ടു പോകും മനസ്സിന്റെ സ്വാതന്ത്ര്യം അവിടെയില്ല ഇതിനധീനമായും മനസ്സ് പ്രവർത്തിക്കുന്നു ഇതൊരു ദൃഷ്ടാന്തമാണ് സമാധീനും യോഗസമാധീനും ഇതുതന്നെ സംഭവിക്കും ഇവിടെ സംഭവിച്ചതുപോലെ അവിടെയും മനസ്സ് ഏകാഗ്രമായാലും നിരുദ്ധമായാലും ഉണരുമ്പോൾ വേണ്ടി ഇതിനെല്ലാം അടിമപ്പെട്ടു അതാണ് ആ മനസ്സ് മോഹ തമോഗ്രസ്ഥം മോഹത്തമസ്സിന് അവിവേകരൂപത്തിലുള്ള ആ തമസ്സിന് അത് മനസ്സ് പൂർണ്ണമായും അധീനമായി പോകുന്നു എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത് അന്തർലീന അനേക അനർത്ഥ പ്രവൃത്തിബീജവാസനാവതഹ ഈ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന അനേക അനർത്ഥങ്ങളുണ്ട് പ്രവൃത്തിബീജങ്ങളുണ്ട് ആ ബീജരൂപത്തിലുള്ള വാസന ഉണ്ട് അതിനാണ് പ്രവൃത്തിബീജരൂപത്തിലിരിക്കുന്ന വാസന അത് അനേക അനർത്ഥ പ്രവൃത്തിക്കും ബീജമാണ് ഇതുവരെ ഉണ്ടായിരുന്ന അനേക അനർത്ഥ പ്രവൃത്തികളിൽ നിന്നുണ്ടായ ബീജവുമാണ് ഇനി വരാൻ പോകുന്ന അനേക അനർത്ഥ പ്രവൃത്തികൾ ഇതുകൊണ്ടാണ് ഉണ്ടാകേണ്ടത് ഇന്ന് വരെ സംഭവിച്ച അനേക അനർത്ഥ പ്രവൃത്തികളുടെ ബീജവുമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ വാസന അത് തന്റെ അർത്ഥം അത് പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ഒരിക്കലും അതിനെ തേച്ച് വൃത്തിയാക്കി കളയാൻ കഴിയാത്തതുകൊണ്ടാണ് വാസന എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല വാസന മണമെന്നുള്ള അർത്ഥമല്ല ചേർന്നിരിക്കുന്നത് ഒരിക്കലും മാറ്റാൻ കഴിയാത്തത് മനസ്സുള്ളിടത്തോളം അത് നിലനിൽക്കും അതാണ് വാസനയുടെ പ്രത്യേകത വാസന വാസിതം എന്ന് പറയും അത്രമാത്രം ദൃഢമായി മനസ്സിലിരിക്കുകയാണ് എന്താണ് ഈ ബീജങ്ങൾ ഇന്ന് ഒരു ജീവനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അനേക അനർത്ഥ പ്രവൃത്തികൾ ഇതെല്ലാം ഈ ബീജത്തിൽ നിന്നുണ്ടായതാണ് ഒരു തരത്തിൽ ജീവൻ തെറ്റുകാരനല്ല അവൻ നിസ്സഹായനാണ് കാരണം അവനെ നിയന്ത്രിക്കുന്നത് എന്ന് അവന്റെ ബോധത്തിനൊരു ചെറിയ പങ്കേയുള്ളൂ അവന്റെ ഇച്ഛാശക്തിക്കും അവന്റെ ക്രിയാശക്തിക്കും വളരെ ചെറിയൊരു പങ്കേ ഉള്ളു വലിയ ഒരളവ് വരെ ഈ വാസനാ ബീജമാണ് അവനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് വനവിധേയമായി അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് അങ്ങനെയായിരിക്കെ എങ്ങനെ അവനെ കുറ്റപ്പെടുത്താൻ പറ്റും അവനത് ചെയ്തു ഇവൻ ചെയ്തു അവൻ തെറ്റുകാരനാണോ അവൻ പാപിയാണ് അവൻ ദുഷ്ടനാണോ അവൻ ദുർമാർഗിയാണ് അവൻ ദുരാചാരിയാണോ എന്ന് വാസ്തവത്തിൽ ഒരു ജീവനെയും വിധികൽപ്പിക്കുന്നതിൻ്റെ അർത്ഥമില്ല കാരണം പറയുന്നുണ്ടല്ലോ ഇത് ഈ വാസനാ ബീജ അവനൻ അത്രമാത്രം ദൃഢമായിരിക്കുമ്പോൾ അവനെങ്ങനെ അതിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രനാകാൻ പറ്റും അതിന്റെ പിടിയിൽ നിന്ന് മുക്തനായാലേ അവൻ ഈ പറയുന്ന തുരിയ ബോധത്തിലേക്ക് ഉണരാൻ പറ്റും അത് കഴിയാത്തത് ഒരുവന്റെ കുറ്റമോ തെറ്റോ അല്ല കാരണമത് വാസനാ ബീജത്തിന്റെ ശക്തിയാണ് അത് അനേക അനർത്ഥ പ്രവൃത്തികളിൽ നിന്നുണ്ടായതാണ് ഇനിയത് അനേക അനർത്ഥ പ്രവൃത്തികൾക്ക് കാരണവുമാണ് ഇതിവനെ ബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ വാസനാ ബീജത്തോടു കൂടി മാത്രമേ അവന് ഉറങ്ങാൻ കഴിയുന്നു അവിടെ ഇത് അറ്റുപോകുന്നില്ല ഇല്ലാതായിത്തീരുന്നു അതുകൊണ്ടവൻ ഉണരുമ്പോ ഇതോടുകൂടി തന്നെ വീണ്ടും അപ്പൊ അവിടെ അവന് സ്വാതന്ത്ര്യമില്ല ഇതല്ല തത്വജ്ഞന്റെ മനസ്സിന്റെ നിരോധം മനസ്സിന്റെ നിഗ്രഹം ഏകാഗ്രത അതിതല്ല എന്ന് പറയും ഇത് സർവ്വസാധാരണമായിരിക്കുന്നു രണ്ടിനി രണ്ടായി തന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ അനന്തമായ അനർത്ഥങ്ങളുള്ള ഈ മനസ്സിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു അഭ്യാസം കൊണ്ട് കുറച്ച് സമയം ഏകാഗ്രമാക്കിയാൽ അതുകൊണ്ട് കാര്യമായ മാറ്റമൊന്നും മനസ്സിന് സംഭവിക്കുന്നില്ല കാരണം അനന്ത നാശം അതുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല അത് വിവേകം കൊണ്ട് മാത്രമേ സംഭവിക്കത്തുള്ളൂ അഭ്യാസങ്ങളോട് സംഭവിക്കത്തില്ല എന്നത് പ്രകാശം കൊണ്ട് മാത്രമേ ഇരുളിനെ മാറ്റാൻ പറ്റൂ മറ്റൊരു കർമ്മങ്ങൾ കൊണ്ടും അത് സാധ്യമല്ല അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ആത്മസത്യാനു അനുബോധ ആത്മസത്യാനുബോധം ഒരു കാര്യയിൽ വന്നു അതാണ് പറയുന്നത് നിഗ്രഹീതമായ മനസ്സ് ആത്മതത്വ സാക്ഷാത്കാരം ഉള്ള മനസ്സ് സാക്ഷാത്കാരവും മറ്റും മനസ്സിലാണ് ആ മനസ്സ് അതെന്താണ് ഹുതാശ അതൊരഗ്നിയാണ് അത് മനസ്സിൽ ജ്വലിക്കുന്ന ഒരു അഗ്നിയാണ് ആ അഗ്നിയൊണ്ട് എന്ത് ചെയ്യുന്നു വിപ്ലുഷ്ടമായി ദഹിച്ചുപോയി ഈ എന്താണ് ദഹിക്കുന്നത് അവിദ്യാദി അനർത്ഥ പ്രവൃത്തി ബീജസ്യ അത് അവിദ്യാദി അനർത്ഥ പ്രവൃത്തി ബീജങ്ങളെ അത് നശിപ്പിക്കുന്നു അവിദ്യ തുടങ്ങി വരുന്നു അവിദ്യാ അസ്മിതാരപദ്വേഷാദികൾ ഇതാണ് ബീജമായിരിക്കുന്നത് അനേക അനർത്ഥ പ്രവൃത്തികൾക്ക് ബീജമായിരിക്കുന്നത് അതിനെ നശിപ്പിക്കുന്നു ഇതിനെ ഓരോന്നോരോന്നായിട്ട് നശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അത് പുരാണത്തിൽ പറയുന്ന ദശമുഖന്റെ തല പോലെയാണ് ഒന്നിനറത്ത് കളയുമ്പോൾ വേറെ പൂര തലയെക്കുറിച്ച് പറയും ആയിരം തലയെ കഴിഞ്ഞാൽ വീണ്ടും ആയിരം അതുപോലെ ഓരോന്നോരോന്നായിട്ട് നിഗ്രഹിക്കാൻ പറ്റത്തില്ല നമ്മൾ സാധാരണ കരുതുന്ന തരത്തിലുള്ള സ്വഭാവശുദ്ധീകരണത്തിലൂടെയൊന്നും ഇത് സാധ്യമാണ് കാരണം ഇത് അനന്തമാണീ അനർത്ഥ വീജങ്ങൾ ഒന്നിനെ നശിപ്പിച്ചാൽ വീണ്ടും അനന്ത ശേഷി അനന്തരൂപത്തിലുള്ള ഇതിനെ അനന്തത്തെ ആർക്കും നശിപ്പിക്കാനൊക്കെ അനന്തത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മളതിനെ ഭാഗികമായി നശിപ്പിച്ചാലും ശേഷിക്കുന്നതെ ബാക്കിയല്ല അനന്തം തന്നെ ശേഷിക്കും അത് അതിന്റെ ഒരു സവിശേഷതയാണ് അതുകൊണ്ട് അതിനെ ഒന്നൊന്നായി നശിപ്പിക്കാൻ പറ്റത്തില്ല യോഗികളും മറ്റു ശ്രമിക്കുന്നതെന്താണ് ഇതിനെ ഒന്നൊന്നായിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വികാര വിചാരങ്ങളെ തെരഞ്ഞുപിടിച്ച് നശിപ്പിക്കുക പറയുന്നത് സാധ്യമല്ല എപ്പോഴും അതിന്റെ പൂർണ്ണതയിൽ തന്നെ ശേഷി അതി അനന്തമായതുകൊണ്ട് അതെന്തുകൊണ്ട് അനന്തമായിരിക്കുന്നു കാരണം ജന്മം അനാദിയാണ് അനാദിയായി അനർത്ഥ പ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ അനാദിയായി സഞ്ചരിച്ചത് അനന്തമായ ബീജം താണ് അതിനെങ്ങനെ ഓരോന്നോരോന്നായിട്ട് നശിപ്പിക്കാൻ പറ്റും അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ അതാണ് അദ്വൈതി പറയുന്നത് നിങ്ങൾ മറ്റെന്തെല്ലാം ജപത്തപം നിങ്ങൾ ചെയ്താലും ശരി നിങ്ങളുടെ ഈ അനന്ത സംസ്കാരത്തെ നശിപ്പിക്കാൻ അതൊന്നുകൊണ്ടും തന്നെ സാധ്യമുണ്ടത്മസത്യാനുബോധം ഇവിടെ പറയുന്ന ആത്മബോധസ്ഫുരിക്കുന്ന ഏകാഗ്രമായ ആ മനസ്സിൽ എന്താണ് ഒരഗ്നിയെപ്പോലെ ആത്മബോധം പ്രകാശിക്കുന്നു പറഞ്ഞു ആ സൂര്യനിൽ അന്ധകാരമില്ലാത്തതുപോലെ അന്ധകാരത്തിൻ്റെ ഫലമായി മറ്റൊന്നും ഇല്ലാത്തതുപോലെ അന്ധകാരത്തിൽ നിന്നുണ്ടാകുന്ന മറ്റ് ദുഃഖഹേതുക്കളൊന്നുമില്ലാത്തതുപോലെ ഈ ആത്മപ്രകാശത്ത് ആത്മസത്യാനുബോധത്ത് വിപ്ലുഷ്ടമായി പോകുന്നു ഇതിന്റെ ബീജം നശിക്കുന്നു ബീജത്തെ വേരോടെ നശിപ്പിക്കുക പൂർണ്ണമായും നശിപ്പിക്കുക അത് ആത്മപ്രകാശത്തിന് മാത്രമേ സാധ്യമുള്ളൂ അതുകൊണ്ടാണ് അദ്വൈതത്തിൽ പറയുന്നതാണ് ജ്ഞാനം കൊണ്ടേ മോക്ഷമാണ് എന്ന് പറയുന്നത് അതിന് അതിശോകിത്യൊന്നുമില്ല പ്രകാശം കൊണ്ട് ഇരുട്ട് നശിക്കൂ എന്ന് പറയുന്ന പോലെയാണ് ഇരുട്ട് നശിക്കാൻ പ്രകാശമല്ലാതെ മറ്റെന്ത് ഉപായമാണോ നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റൊരു ഉപായമില്ലെങ്കിൽ ഈ അവിദ്യ തമസിന് ആത്മപ്രകാശമല്ലാതെ മറ്റൊന്നും നശിപ്പിക്കത്തില്ല മറ്റുള്ളതെല്ലാം നിഷ്പ്രയോജനമാണോ നിഷ്പ്രയോജനമെന്നല്ല ജപതപാധികളൊന്നും നിഷ്പ്രയോജനമല്ല കർമ്മയോഗാനുഷ്ഠാനം നിഷ്പ്രയോജനമല്ല അതെല്ലാം ആത്മപ്രകാശത്തിന്റെ ഉദയത്തിന് സഹായി എന്നാൽ ഈ തമസിനെ നശിപ്പിക്കുന്നത് ആത്മപ്രകാശം മാത്രം ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആത്മപ്രകാശത്തിന് പ്രാധാന്യം കൊടുത്താണ് മറ്റൊന്നിന്റെ ഓരോന്നിന്റെയും തലത്തിൽ അതാ അതിന് പ്രാധാന്യമാണ് അതവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ അതല്ല ആത്മബോധം ഈ അനർത്ഥത്തെ നിവർത്തിപ്പിക്കുന്നു ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് അതും ഇതും തമ്മിൽ വൈരുദ്ധ്യമുള്ളതായി കാണരുത് കൂട്ടിക്കൊഴിക്കുകയും ചെയ്തു ആത്മബോധ ഉതാശ വിപ്ലഷ്ട അവിദ്യാദി അനർഥ പ്രവൃത്തി ബിജസ്യ നിരുദ്ധസ്യ ഇതാണ് ഇവിടെ പറയുന്ന നിരുദ്ധമായ മനസ്സെന്ന് പറയുന്നത് ആത്മപ്രകാശമുള്ള മനസ്സ് ആത്മാവിൽ ഈ ഒരു മനസ്സ് ആത്മപ്രകാശത്തോടുകൂടി സ്ഫുരിക്കുമ്പോൾ ആ മനസ്സ് ആത്മാവിൽ നിന്ന് അന്യമല്ല അതിന് ആത്മാവിൽ നിന്ന് വേറിട്ടൊരു നിലയിൽ ആ നിലയാണെന്ന് പറയുന്നത് അവിടെയുള്ള മനസ്സിന്റെ പ്രചാരം എന്ന് പറയുന്നത് അത് സുഷൃത്തിയിലെ അന്ധതയല്ല സുഷൃത്തിയിലെ വിവേകശൂന്യതയല്ല വിരുദ്ധ അന്യുക അതിന്റെ പ്രചാരം മറ്റൊന്നാണ് അതെന്താണോ പ്രചാരം നേരത്തെ പറഞ്ഞു അത് വിജ്ഞ അനുഭവിച്ചറിയേണ്ടതാണ് എന്നാലും അതിനെങ്ങനെ വിശദീകരിക്കാം പ്രശാന്ത സർവക്ലേശരജസക്ലേശ രജസ്സുകളെല്ലാം ക്ലേശ മാലിന്യങ്ങളെല്ലാം ശമിച്ചു കഴിഞ്ഞത് പ്രശാന്തമായത് എന്ന് പറയാം കാരണം ഉണർവ് എന്ന് പറയുന്നത് ഉണർന്നു കഴിഞ്ഞാൽ ക്ലേശത്തിലേക്ക് വരും എന്താണ് മനസ്സിന്റെ അശാന്തി അതിലേക്ക് വരും ഉണർന്നിരിക്കെ ശാന്തനായിരിക്കുക ഇരിക്കാൻ ആർക്കും കഴിയുന്നില്ല ഉണർവില്ല അശാന്തി അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അവിടെ എന്തെങ്കിലും ശാന്തി അനുഭവിച്ചാലും അത് ക്ഷണികമാണ് ഒരാൾ പൂരിരളിൽ അയാൾക്ക് മിന്നൽ പിണരിന്റെ വെളിച്ചം കൊണ്ടു കിട്ടുന്ന ആശ്വാസം പോലെ ഉള്ളു അതിൽ കിട്ടുന്ന വെളിച്ചം പോലെ ഉള്ളു അത് ക്ഷണികമാണ് ആശാന്തി അടുത്ത ക്ഷണത്തിൽ തന്നെ അവനെ ക്ലേശം വീണ് കീഴ്പ്പെടുത്തിക്കുക അതന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു ഇവിടെ എന്താണ് പ്രശാന്ത സർവ്വക്ലേശ രജസ സർവക്ലേശ മാലിന്യങ്ങളും ശമിച്ച് അതിലുണ്ടാകുന്ന പ്രശാന്തി എന്നാണ് അതിനെ അനുഭവിച്ചിട്ടുള്ളവർ പറയുന്നു അതാണ് അറിയേണ്ടതായ ശാന്തി എന്നാണ് അത് അതിനെന്താണ് പറയുന്നത് മോക്ഷം എന്ന് പറയുന്നു സ്വതന്ത്ര പ്രചാര മനസ്സിന്റെ സ്വാതന്ത്ര്യം മനസ്സിന്റെ ഈ വ്യാവഹാരിക ഭാവം വിട്ട് മനസ്സ് ആത്മാവിനോട് ഏകീഭവിച്ച് സർവമന പ്രചാരങ്ങളും ആത്മപ്രകാശത്തിൽ ഏകീഭവിച്ചിരിക്കുന്ന ആത്മബോധത്തിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആ സ്വാതന്ത്ര്യം അതാണ് മനസ്സിന്റെ സ്വതന്ത്രമായ പ്രചാരം എന്ന് പറയുമ്പോൾ അറിയാം ഇന്ന് മനസ്സ് പ്രചരിക്കുന്നു പക്ഷെ അത് മനസ്സിന്റെ അസ്വതന്ത്രമായ പ്രചാരമാണ് എന്താണ് അവിടെ അസ്വാതന്ത്ര്യം വന്നിരിക്കുന്നത് അത് അവിദ്യക്കധീനമായി പോയി രാഗദ്വേഷാദികൾക്ക് അധീനമായി പോയി ആ മനസ്സിന് ഉപയോഗിക്കുന്നവന് അതിൽ യാതൊരു സ്വാതന്ത്ര്യമില്ലാതായി പോയി മനസ്സിനാരാണ് ഉപയോഗിക്കുന്നത് ജീവൻ ആ ജീവൻ ആ മനസ്സിനെ ഉപയോഗിക്കുന്നു ആ മനസ്സിലൂടെ സർവപ്രപഞ്ച വ്യവഹാരങ്ങൾ നിർവഹിക്കുന്നു ആ മനസ്സിലൂടെ അവൻ സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നു ശാന്തിയും അശാന്തിയും ബന്ധവും മോക്ഷവും എല്ലാം അനുഭവിക്കുന്നുണ്ട് പക്ഷേ അവിടെ അത് അസ്വതന്ത്രമായി പോയി ആ മനസ്സ് അസ്വതന്ത്രമാണ് കാരണം സർവ്വ അനർത്ഥ ബീജവും ഇരിക്കുന്നു ആ മനസ്സിന്റെ ഉടമസ്ഥനായിരിക്കുന്ന ജീവനും അസ്വതന്ത്രനാണ് കാരണം അവന്റെ കൈവശം ഇരിക്കുന്ന ഈ മനസ്സ് സ്വതന്ത്രമല്ലാത്തതുകൊണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ആ തത്വജ്ഞന്റെ മനസ്സ് ജ്ഞാനിയുടെ മനസ്സ് അത് സ്വതന്ത്രമായിരിക്കും അത് ആത്മസ്വരൂപമായി തന്നെ ഇരിക്കുന്നു അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വാതന്ത്ര്യം തന്നെ ഇതാണ് ആത്മതത്വ ശ്രവണത്തിന്റെയും ആത്മമനത്തിന്റെയും ഫലം ഇത് തന്നെയാണ് ആത്മനിധിധ്യാസനമെന്ന് പറയുന്നു ആ സ്വാതന്ത്ര്യം അതിനൊരുവൻ സ്വയം അനുഭവിക്കാൻ കഴിയുക അവൻ ഈ മനസ്സിന്റെ കെട്ടുപാടുകളിൽ നിന്നും മുക്തനായിരിക്കുക എന്നാൽ മനസ്സവിടെ ഒരർത്ഥത്തിനും തുടരുക അത് അതുകൊണ്ടാണ് പറയുന്നത് അനുഭവിച്ചറിയേണ്ടതാണെന്ന് പറയുന്നു സമഹ അതുകൊണ്ട് ഇതിനെ ഒരിക്കലും സുഷുത്തിയിലെ ലയവുമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള മനസ്സിന്റെ നിരോധവുമായിട്ടോ താരതമ്യം ചെയ്തു മനസ്സിലാക്കരുത് സവിജ്ഞാതും തസ്മാ യുക്തസവിജ്ഞാതും വിദ്യ അതുകൊണ്ട് ആത്മബോധം എന്ന് പറയുന്നത് അനുഭവ സാധ്യമായ കാര്യമാണ് അതൊരു കൽപ്പനയല്ല പറയും അതൊരു ഭാവനയല്ല എന്നറിയും മറ്റു പല വിഷയങ്ങളെയും നമ്മൾ ഭാവനയെ കാണാറുണ്ട് അത് കേവലൊരു മനസ്സിന്റെ വിനോദമല്ല ഇതെന്താണ് അനുഭൂതിയാണ് അതാണ് വിജ്ഞാതി ഇതൊരനുഭൂതിയാണോ എന്ന് ആചാര്യൻ ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടങ്ങനെ ഒരു അനുഭൂതി ഉണ്ടാകുന്നില്ല അത് ആത്മതത്വ ശ്രവണത്തിന്റെയും മനനത്തിന്റെയും പക്വത അനുസരിച്ച് ഒരാൾക്ക് ആ അനുഭൂതി കൈവരിക്കാൻ കഴിയും അതതിനപേക്ഷിക്കുന്നു ശ്രവണ മനനങ്ങളെ അപേക്ഷിക്കുന്നു അത് വ്യക്തമാക്കി തരാൻ അതിനെ സുഷക്തിയിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്നത് മനസ്സികൽപീമിജ്ഞ സുഷുക്യൂന തത്സമാീയത്തെ സുഷുക്ത ജഹീതം നീയത്തെ തർഭയം ബ്രഹ്മാ ജാകം സമന്ദത പ്രചാരഭേദേതു നമുക്ക് പരിചയമുള്ളതും സുഷൃത്തിയാ സുഷുപ്തിയോട് താരതമ്യപ്പെടുത്തിയാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ സുഷുപ്തിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് സുഷുതിയൊന്നോ അല്ലെങ്കിൽ സുഷുതി പോലെയെന്നോ ധരിച്ചു പോകും കാരണം നമ്മുടെ അനുഭവത്തിൽ വരാത്ത ഒരു നിലയെ നമ്മുടെ സാധാരണ അനുഭവത്തോട് താരതമ്യപ്പെടുത്തി പറയുകയുണ്ട് സ്വാഭാവികമായും അതിൽ വിപരീതം ഞാനുണ്ടാവാം അതുകൊണ്ട് അതിന് കൂടുതൽ വ്യക്തമാക്കുന്നതിന് വേണ്ടി പറയുകയാണ് ഇതിൽ വ്യത്യാസമുണ്ട് അവിടെ മനസ്സിനെന്ത് സംഭവിക്കുന്നു ആത്മബോധത്തിൽ മനസ്സുണ്ടോ മനസ്സില്ലേ മനസ്സില്ലെങ്കിൽ അതിനെന്താണ് സംഭവിച്ചത് അത് നശിച്ചുപോയതാണോ ഉണ്ടെങ്കിൽ മനസ്സേത് രൂപത്തിലാണോ ഉണ്ടായിരുന്നത് തുടങ്ങി നിരവധി സംശയങ്ങളുണ്ടാകും അതിനെല്ലാം സമാധാനം പറയുന്നു ഡി എ സർവാഭിർ അവിദ്യ ബീജവാസനാഭിസഹ തമോരൂപം അവിശേഷരൂപം ബീജഭാവം ആപത്തിയതേ അത് സുഷുപ്തിയല്ല ഉറക്കം പോലെ അല്ല സുഷുപ്തി പോലെ എന്ന് പറയാം സുഷുതിരന്ധിജുന്നു അത് സർവാഭി അവിദ്യദി പ്രത്യയബീജവാസന അവിദ്യ പ്രത്യയങ്ങളുടെ ബീജവാസനകളോടുകൂടി എന്താണ് ഈ അവിദ്യാധിപ്രത്യങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ അനുഭവം ഈ ജാഗ്രതയുടെ അനുഭവം ഇതാണ് അവിദ്യാപ്രത്യങ്ങൾ ഇവിടെ നമുക്ക് എന്തിന്റെ എല്ലാം അനുഭവം ഉണ്ട് അവിദ്യയുടെ അനുഭവമുണ്ട് അജ്ഞതയുടെ അനുഭവം പറയുന്നു എനിക്ക് എന്നെ അറിയാൻ കഴിയുന്നില്ല മറ്റെന്തിനെങ്കിലും അറിഞ്ഞാലും നമ്മൾ വിദ്വാനാകുന്നില്ല മറ്റെന്തിനെങ്കിലും അറിയുന്നതും അറിയാതിരിക്കുന്ന ആ വിദ്യയാണ് ഇവിടെ അറിയുന്നവനെന്ന് പറയുമ്പോൾ പ്രപഞ്ചബോധം ഉള്ളവനെന്നുള്ള അർത്ഥത്തിലല്ല പ്രപഞ്ചബോധം ഉള്ളവനും ഇവിടെ ആ വിദ്യയ്ക്ക് അധീനമാണ് അതുകൊണ്ട് ജാഗ്രതത്തിൽ ഉണർന്നിരുന്ന എത്ര വലിയ അറിവ് നേടിയാലും ശരി ആ അറിവെന്ന് പറയുന്നത് അതീന്ദ്രിയ ജ്ഞാനമാകാം അലൗകികമായ ജ്ഞാനങ്ങളാകാം ഭൂതഭാവികളെ കുറിച്ചുള്ള ജ്ഞാനമാകാം അങ്ങനെയുള്ള എന്ത് പരഹൃദയ ജ്ഞാനമാകാം എന്തെല്ലാം ജ്ഞാനം നേടിയാലും അതെല്ലാം അവിദ്യാധീനമാണ് അവിദ്യാധിപ്രത്യം എന്ന് പറയുന്നതിൽ അതിനെല്ലാം ഉൾപ്പെടുത്തിയതുകൊണ്ടാണങ്ങനെ പറയുന്നത് കാരണം ആ അറിവിനോടെ ചേർന്ന് അറിവില്ലായ്മയോ കാരണം അത്തരം അറിവുകൾ അറിവില്ലായ്മയോടുകൂടി ചേർന്നേ നീ യോഗികളെ കുറിച്ച് പറയുന്നു യോഗിക്കെന്നാണ് പലഹൃദയജ്ഞാനോ മറ്റൊരുവന്റെ മനസ്സിനെ അറിയാൻ പറ്റും പക്ഷെ യോഗി മറ്റൊരുവൻ്റെ മനസ്സിനെ അറിയുമ്പോൾ മറ്റനേകം മനസ്സുകളറിയാതിരിക്കുന്നു യോഗി ഭൂതഭാവികളെ അറിയുമ്പോൾ എത്രയോ കൽപ്പങ്ങളുടെ ഭൂതഭാവികൾ യോഗിക്ക് അജ്ഞേയമായിരിക്കുന്നു അതിനൊക്കെ പരിമിതികളുണ്ട് കാരണം കാലം അനന്തമാണ് ഈ അറിവ് ഒരു മനസ്സിൽ പ്രകാശിക്കുന്നതല്ല ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് അതിൽ പരിമിതികളുണ്ട് അതുകൊണ്ട് ആത്മബോധം ഒഴികെയുള്ള ലൗകികവും അലൗകികവും അതീന്ദ്രിയവുമായിട്ടുള്ള എല്ലാ അറിവുകളും അവിദ്യയാണ് കാരണം അറിവിനോടൊപ്പം അറിവില്ലായ്മയിൽ നിന്ന് അനന്തമായ അറിവിൽ അനന്തമായ അറിവില്ലായ്മയുണ്ട് ഇതെല്ലാം അനന്തമാണ് അതുകൊണ്ടിവിടെ ഇത്തരം അറിവുകളെല്ലാം ചേർത്താണെന്ന് പറയുന്നത് അവിദ്യാപ്രത്യം ഉണർന്നിരിക്കുന്ന അജ്ഞനിലും യോഗിയനും വിദ്വാനിലും പാമരനിലും എല്ലാം ഈ അവിദ്യാപ്രത്യമാണ് മുക്തമായ പ്രത്യമാണ് അവിദ്യാമുക്തമായ പ്രത്യം തത്വജ്ഞനൻ മാത്രമേ കാരണവന്തുകൊണ്ട് അയാളുടെ ബോധം ഒന്ന് മാത്രമാണ് ആത്മബോധം മാത്രം ആത്മബോധത്തിൽ എന്ത് വന്നാലും അത് ആത്മബോധത്തിൽ നിന്ന് ഭിന്നമല്ല അവിടെ എന്തുവരാം നമ്മൾ സാധാരണ കരുതുന്ന ലൗകികമായ ജ്ഞാനം വരാം അലൗകികമായ ജ്ഞാനം വരാം അതീന്ദ്രിയ ജ്ഞാനം വരാം ഭൂതഭാവിജ്ഞാനങ്ങൾ വരാം പ്രഹൃതി ജ്ഞാനം വരാം ഏത് ജ്ഞാനവും വരാം അവിടെ എന്ത് ജ്ഞാനം വരുന്നു സ്വാഭാധികങ്ങളായ ഇത്തരം ജ്ഞാനങ്ങൾ എന്ത് വരുന്നു വരുന്നില്ല എന്നുള്ളത് വിഷയമൊന്നും ഇതെല്ലാം സ്വാഭാവിക ജ്ഞാനങ്ങളാണ് ഓരോപാധികളെ ആശ്രയിച്ചു വരുന്നു യോഗജമായ ജ്ഞാനങ്ങളാണ് അവിടെ എന്ത് ജ്ഞാനം വന്നാലും അവിടെ അവിദ്യ അസ്തംഭിച്ചിരിക്കുന്നു അവിടെ ആ എല്ലാം ആത്മപ്രകാശത്തിൽ താതാർമ്യപ്പെട്ടിരിക്കുന്നു ഇതാണ് രണ്ടും തമ്മിലുള്ള കേവലം അജ്ഞനെ സംബന്ധിച്ചിടത്തോളമോ അവനിലുമുണ്ട് സർവജ്ഞാനങ്ങൾ ഓരോരുവനുമുണ്ട് എന്താണ് ലൗകികവും അലൗകികവുമായ ജ്ഞാനങ്ങൾ ഓരോ ജീവനിലും ഉണ്ട് അതീന്ദ്രിയമായ ജ്ഞാനമുണ്ട് അലൗകികമായ ജ്ഞാനങ്ങളുണ്ട് ഭൂതഭാവി ജ്ഞാനങ്ങളെല്ലാം ഉണ്ട് എന്തുകൊണ്ടാണ് ഓരോ ജീവനിലും എഴുതിയിരിക്കുന്നത് കാരണം ഓരോ ജീവനും അനാദിയാണ് ഓരോ ജീവനിലും അനാദിയായ അനന്തമായ സംസ്കാരമുണ്ട് ഓരോ ജീവനും ഇരിക്കുന്നത് ഏകമായ അന്തര്യാമിയുടെ മനസ്സാണ് ഒരേ തിരിയ മനസ്സാണ് സർവ്വജീവന്മാരും ഇരിക്കുന്നത് ഓരോ ജീവന്മാരും പരമാർത്ഥത്തിൽ സർവജ്ഞന്മാരാണ് നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള സർവജ്ഞന്മാരാണ് പക്ഷേ എന്നിരിക്കലും അവിടെ അവിദ്യയ്ക്ക് പോയിരിക്കുന്നു ആ അതുകൊണ്ട് ആ മനസ്സിന്റെ സവിശേഷതകളായ സർവജ്ഞത്വവും മറ്റും ഭൂതഭാവിജ്ഞാനവും മറ്റും ചില മനസ്സുകളിലെ പ്രകാശിക്കുന്നു അത് പ്രകാശിച്ചാലും പ്രകാശിച്ചില്ലെങ്കിലും വിശേഷതയൊന്നുമില്ല അവിടെ അവദ്യാ തമോഗ്രസത്തിനാധീനമാണെങ്കിൽ അത് പ്രകാശിക്കുന്നോ പ്രകാശിക്കുന്നില്ല എന്നുള്ളതിന് വ്യത്യാസമൊന്നുമില്ല ആത്മബോധം അവിടെ പ്രകാശിക്കുന്നോ എന്റെയോ അതാണ് മുഖ്യം അതിവിടെ പറയുന്നു എന്താണ് സുഷിതിയിൽ അതുകൊണ്ടാണ് സുഷിതനായിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഇവിടെയും പറഞ്ഞെന്താണ് അവൻ സർവജ്ഞനാണ് എങ്ങനെയവനെ സർവജ്ഞനെന്ന് പറയാൻ പറ്റും അന്ധനായി ഉറങ്ങുന്ന ഒരു അജ്ഞനായ ജീവനായി എങ്ങനെയാണ് സർവജ്ഞനെന്ന് പറയുന്നത് സർവജ്ഞാനത്തിന്റെയും ബീജം അവിടെയുണ്ട് ഇവിടെ പറയുന്നുണ്ടല്ലോ സർവ്വ അനർത്ഥത്തിന്റെയും ബീജം അവിടെയുണ്ടെന്ന് ഈ പറയുന്ന സർവ്വജ്ഞാനങ്ങളും ഒരുതരത്തിന്റെ അനർഥമാണ് ആ ജീവനെ ബന്ധിപ്പിക്കുന്നതാണ് അത് ചിലത് പ്രകടമാകുന്നു ചിലത് പ്രകടമാകുന്നു പക്ഷെ അവൻ സർവജ്ഞൻ തന്നെ അങ്ങനെയിരിക്കുന്ന സർവാഭിഅ അവിദ്യാദി പ്രത്യേക ബീജവാസനാഭി അജ്ഞാനത്ത് തുടങ്ങി സർവജ്ഞാനങ്ങളുടെയും ബീജവാസനയോടുകൂടി അങ്ങനെ ഇരിക്കുന്നു സഹ ഇതെന്നെ അവിടെയിരിക്കുന്നു അതിനോടൊപ്പമേ അവിടെയിരിക്കാൻ കഴിയുന്നുള്ളൂ ആ ജീവനും തമോരൂപ അവിശേഷരൂപം ബീജഭാവം ആപദ്ധ്യത തമോരൂപത്തിലുള്ള അത് വിശേഷരൂപത്തിട്ടിരിക്കുന്നു ഏകീഭവിച്ചിരിക്കുന്നു വേർതിരിച്ചറിയാൻ വയ്യ അതാണ് ഒരു ജീവന് അവന്റെ അവനിൽ ഇരിക്കുന്ന സർവജ്ഞത അവന് വേർതിരിച്ചറിയാൻ വയ്യ അവനിരിക്കുന്ന ഐശ്വര്യങ്ങൾ അവന് വേട്തിരിച്ചറിയാൻ പറ്റുന്നില്ല അതാണ് അവിശേഷരൂപത്തിൽ ബീജഭാവത്തിലിരിക്കുന്നു അത് പ്രകടമായി വരുന്നുണ്ട് അവിദ്യയ്ക്ക് അധീനമായി പോയി ആ തരത്തിൽ ജീവന്മാരും സർവവിഷയകാനമാകുന്ന സർവജ്ഞതയോട് കൂടിയിരിക്കുകയാണ് പക്ഷെ അത് മൂടിപ്പോയി തമസ്സുകൊണ്ട് മൂടിപ്പോയിരിക്കുന്നു ഓരോ ജീവനും പൂർണനാണ് ആ പൂർണതയോട് ചേർന്നിരിക്കുന്ന സർവ്വഭാവങ്ങളും ഓരോ ജീവനോട് പക്ഷേ തമസതിനെ മൂടിയിരിക്കുന്നു തദ്വിവേക വിജ്ഞാനപൂർവ്വകം നിരുദ്ധം ം തന്നലീങ്ങതെ അപ്പോ അജ്ഞാനത്തിനോട് ഏകീഭവിച്ച് ഈ സർവ്വാനർത്ഥ ബീജങ്ങളോടുകൂടി ബീജരൂപത്തിൽ വാസനാരൂപത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് ഈ ലയിക്കുന്ന മനസ്സിന്റെ സ്വഭാവമാണ് അങ്ങനെ ലയം എന്ന് പറയുന്നത് എങ്ങനെയാണോ ഒരു സൂക്ഷ്മമായ ആൽവിത്തിൽ ഒരു വലിയ വൃക്ഷത്തിന്റെ ശിഖരവും കായും പൂവും ഇലയും എല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതെല്ലാം പ്രകടമാകുന്നതിനുള്ള ശക്തി വിശേഷം അതിൽ ലീനമായിരിക്കുന്നു അതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകടമാക്കുന്നതിനുള്ള ആ ശക്തിവിശേഷം ഈ മനസ്സിൽ ലീനമായിരിക്കുന്നു നിരുദ്ധമായ മനസ്സാണെങ്കിലോ ഈ ബീജത്തെ നശിപ്പിച്ചിരിക്കുന്നു ഈ ബീജത്തിന് കാരണമായിരിക്കുന്ന അവിവേകത്തെ നശിപ്പിച്ചിരിക്കുന്നു ആത്മപ്രകാശമാകുന്ന വിവേകത്തിൽ മറ്റൊന്നിനെ നിലനിൽക്കാൻ സാധ്യമല്ല വെളിച്ചത്തിൽ ഇരുട്ടിനെ നിലനിൽക്കാൻ കഴിയാത്തതുപോലെ അവിടെ മറ്റെന്തൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അജ്ഞാനമുണ്ടോ ഒരാഗദ്വേഷാധികളുണ്ടോ അഹന്തയുണ്ടോ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും അവിടെ നിലയില്ല പ്രകാശത്തിൽ ഇരുട്ടിനെ സംബന്ധിച്ചുള്ള യാതൊരു ചോദ്യത്തിനും അതാണ് പറയുന്നത് തദ്വിവേക വിജ്ഞാനപൂർവകം ആത്മവിവേകമാകുന്ന വിജ്ഞാൻ ആ വിജ്ഞാനം പ്രകാശിക്കുന്ന ആ മനസ്സ് ആത്മാവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതായ മനസ്സ് അല്ലെങ്കിൽ ആത്മപ്രകാശത്തിൽ നിന്ന് അന്യമല്ലാത്തതായ മനസ്സ് അതിനുള്ള പറയുന്നുണ്ട് നിരുദ്ധം അത് നിരുദ്ധ മനസ്സെന്ന് പറയാം അത് നിഗ്രഹീതമായ മനസ്സ് ആത്മാവിന് ഏകാഗ്രമായിരിക്കുന്ന മനസ്സ് തന്നലീയതെ ആ മനസ്സിന് ലയ സംഭവിക്കുന്നില്ല എന്നറിയും അതിനെ ലയിക്കാനൊരിടമില്ല അവിടെ ലയിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു മനസ്സ് മാറി നിൽക്കുന്നില്ല അതുകൊണ്ടെന്നാണത് ലയിക്കുന്നില്ല എന്നറിയും അതിനെ ലയിപ്പിക്കാനൊരാളില്ല എന്നറിയും ലയിപ്പിക്കണമെങ്കിൽ എന്ത് വേണം മനസ്സിനെ ലയിപ്പിക്കാൻ ഒരാൾ വേണം അത് ലയിക്കാനൊരു ഇടം വേണം ലയിക്കുന്നതായൊരു മനസ്സ് സ്വതന്ത്രമായി നിൽക്കണം ആത്മപ്രകാശത്തിലാണെങ്കിലോ അവിടെ ഇതൊന്നുമില്ല അതാണ് അദ്വയം ശാന്തം ശിവം എന്നെല്ലാം മുമ്പ് കരികയിൽ പറഞ്ഞത് തമോ ബീജഭാവം നാപദ്യതേ ആ മനസ്സിന് പിന്നീട് ആ തമോബീജഭാവത്തെ പ്രാപിക്കാൻ പറ്റുന്നില്ല സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരിക്കലും പിന്നെ ഇരുട്ടിന് ഒരു ചിന്തിക്കാനേ വങ്കല്പിക്കാനേ ഇന്ന് വരെ തീരുന്നു അതാണ് ആത്മബോധത്തിന്റെ സവിശേഷത തസ്മാരഭേദ സുഷു സമാഹിതമനസഹ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണോ രണ്ട് സ്ഥലത്തും മനസ്സുണ്ട് സുഷൃത്തിയിലും മനസ്സുണ്ട് തത്വജ്ഞാനീനും മനസ്സുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുക എന്താണ് സുഷുതിന് മനസ്സില്ല തത്വജ്ഞാനും മനസ്സില്ല രണ്ടും നമുക്ക് സമർത്ഥിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം പക്ഷെ ഇത് രണ്ടും ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കത്തിലല്ല ഇവിടെ പ്രാധാന്യം അവിടെ ആത്മപ്രകാശം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതാണ് മുഖ്യമായി ഇവിടെ ധരിപ്പിക്കുന്നത് സുഷുത്തിയിൽ അജ്ഞാനമുണ്ടോ അജ്ഞാനമില്ലയോ മനസ്സുണ്ടോ മനസ്സില്ലയോ ദ്വൈതമാണോ അദ്വൈതമാണോ ഇതൊന്നുമല്ല ഇവിടെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഈ അസ്വസ്ഥമായ ഈ മനസ്സ് രാഗദ്വേഷാദികൾക്ക് അധീനമായിരിക്കുന്ന ഈ മനസ്സിന് ഇതിൽ നിന്നെല്ലാം മുക്തമായൊരു നിലയുണ്ട് ആത്മപ്രകാശത്തിൽ ശാന്തമായ ആനന്ദരൂപമായ ഒരവസ്ഥയുണ്ട് അതാണ് മനസ്സിന്റെ സ്വതന്ത്രമായ അവസ്ഥ അതാണ് മനസ്സിന്റെ മുക്തി ആ ഒരു കാര്യം മാത്രമാണിവിടെ ബോധിപ്പിക്കാൻ ആചാര്യൻ താൽപര്യപ്പെടുന്നത് സമാഹിതസിക മനസ്സഹ അതിനാണ് സമാഹിതമായ മനസ്സെന്ന് പറയുന്നത് ഏകാഗ്രമായ മനസ്സെന്ന് പറയുന്നത് ആ മനസ്സിൽ ഒരേ ഒരു വിഷയമേ ഉള്ളൂ ആത്മാവ് മാത്രം അല്ലെങ്കിൽ ആ ഒരു വിഷയം തന്നെ സർവവിഷയങ്ങളെയും അന്തർഭവിപ്പിച്ചിരിക്കുന്നു അവിടെ ഏകമായ ആത്മപ്രകാശത്തിൽ നിന്ന് അന്യമായൊരു പ്രകാശം അത്തരത്തിലാണ് അതിനിടെ വിശദീകരിക്കുന്നത് അവിദ്യാവൃത മലദ്വയവർജിതം ഇവിടെ ഗ്രാഹ്യഗ്രാഹക ഭാവമുണ്ട് അജ്ഞനായ ജീവൻ അവനെപ്പോഴും ഗ്രാഹകനായിരിക്കുന്നതാണ് ഞാൻ ആ ഗ്രാഹകനാണ് അഹമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഞാനെന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അവൻ ബലമായി അഹന്തേ അഹംഭാവത്തെ മാറ്റിക്കളയാൻ ശ്രമിച്ചാൽ അത് മാറത്തില്ല അതെന്റെ ആ മനസ്സിന്റെ സ്വഭാവമാണ് മനസ്സിന്റെ പകുതി ഈ ഗ്രാഹകനായി നിൽക്കുകയാണ് പകുതി ഗ്രാഹ്യമായി നിൽക്കുകയാണ് പറഞ്ഞുള്ള നേരത്തെ ആ കുര്യേന്ദ്രനെ സ്പന്ദിച്ച് രണ്ടായി മാറി ഗ്രാഹകനായും ഗ്രാഹ്യമായും ആ സ്പന്ദനം തുടർന്നുകൊണ്ടിരിക്കെ ഈ ഗ്രാഹക ഭാവത്തെ എങ്ങനെ കളയാൻ പറ്റും ഈ ഗ്രാഹ്യത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും ഞാനെന്നുള്ള ബോധത്തെ നമുക്ക് നശിപ്പിക്കാൻ സാധ്യമാണ് നമുക്ക് കൂടുതൽ വിനയമുള്ളവരാകാം കൃത്രിമമായി നോക്കുകയാണെങ്കിൽ വിനയത്തെ ഉണ്ടാക്കാം പക്ഷെ അഹംബോധത്തെ നശിപ്പിക്കാൻ അതൊന്നും കൊണ്ട് സാധ്യമുണ്ട് ഒരു ഭാവങ്ങളും ഒരു ആചാരവും ഈ അഹംഭോവത്തെ നശിപ്പിക്കാൻ പര്യാപ്തമല്ല കാരണം ഇത് ഗ്രാഹ്യഗ്രാഹ ഭാവത്തിൽ ഇങ്ങനെ നിലനിൽക്കും ഗ്രാഹ്യഗ്രാഹ ഭാവത്തിൽ നിന്നിന് മോചനമില്ല അത് നിലനിൽക്കുന്ന നടത്തോളം കാലം ജാഗ്രത സ്വപ്നവും സുഷുതിയും അതിലൂടെ നാനാരൂപത്തിലുള്ള പ്രപഞ്ചഭാനവും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരും ജ്ഞാനവും അജ്ഞാനവും തുറന്നുകൊണ്ടേയിരും എന്തുകൊണ്ടിത് അവിദ്യാകൃതമാണ് ഇത് അവിദ്യാകൃതമായ മലദ്വയമാണ് അവിദ്യാകൃതമായ അജ്ഞാനകാര്യമായ ഒന്നാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ മലദ്വയം അവിദ്യാകൃത മലദ്വയം രണ്ടുണ്ട് എന്താണ് ഗ്രാഹുവും ഗ്രാഹകനും ഇതില്ലാതിരിക്കുന്ന അവസ്ഥ അതാണ് ഇവിടെ പറയുന്ന ആത്മപ്രകാശം ആ ആത്മപ്രകാശത്തിൽ മാത്രമേ ഈ ഗ്രാഹകൻ നശിക്കുന്നുള്ളൂ ജീവബോധം പെടുത്തുള്ളൂ ജീവബോധം നിലനിൽക്കുന്നിടത്തോളം അഹംബോധമുണ്ട് അപ്പൊ ജീവബോധത്തിൽ നിന്നുകൊണ്ട് അഹംബോധത്ത് വിടാൻ സാധ്യമല്ല സമാധിയിൽ പോയാലും സാധ്യമല്ല ഉണർന്നു വരുമ്പം ആദ്യം സ്ഫുരിക്കുന്നത് അഹമായ അഹംഭാവം എന്താണ് അതൊരു മലം എന്നാണ് പറയുന്നത് അതൊരഴുക്കാണ് അത് സർവാത്മഭാവം കൊണ്ടാണ് പോവേണ്ടത് ഒരു ശരീരത്തും ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ജീവനെ ആശ്രയിച്ചിരിക്കുന്ന അഹം ഈ അഹംഭാവം അഹംബോധം സർവാത്മഭാവത്തിൽ ഇല്ലാതായിത്തീരുന്നു വാസുദേവ സർവമിരി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാവം അത് എപ്പോ യഥാപരം അദ്വയം ബ്രഹ്മയവ തത്സമ്മർദ്ദം ഇത് തന്നെ ഈ മനസ്സ് തന്നെ ഈ അഹംബോധം തന്നെ അതിന്റെ രൂപത്തെ വിട്ടിട്ട് പരബ്രഹ്മമായി തന്നെ തീരുന്നത് സർവവ്യാപക ചൈതന്യമായി തന്നെ തീരുന്നത് ഇത്യ തതെയോ നിർഭയം ആവശ്യ നിർഭയം നിർഭയാവസ്ഥ നിർഭയാവസ്ഥ എന്ന് പറയുന്ന എന്താണ് മനസ്സിന്റെ തന്റെയുടെ മനസ്സിന്റെ തൻ്റെ ഈ ആത്മബോധമില്ലാത്തവനും ഉണ്ടാകും നിർഭയരാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ധൈര്യമല്ല മനസ്സിന്റെ ധീരതയല്ല ഒരിക്കും കാരണം എത്ര ധീരത മനസ്സിനുണ്ടായാലുസരിച്ച് അവന് അദ്വന്വമാണ് എവിടെ ധൈര്യമുണ്ടോ അവിടെ അധൈര്യം ഉണ്ടാവും ദ്വന്ദ്വാത്മകമായി ഒരു ഭാവത്തിനും ഒറ്റയ്ക്ക് നീക്കാൻ പറ്റത്തില്ല ഒരു വികാരം ഒരു സമയത്ത് വളരെ ശക്തമായി നിന്നിരിക്കാം പക്ഷേ നേരെ അതിന് പ്രതിദ്വന്ധിയായ വികാരം മറ്റൊരു സമയത്ത് പ്രകടമാണ് അതുകൊണ്ട് നമ്മൾ സാധാരണ ധരിക്കുന്ന എന്താണ് നിർഭയം എന്ന് വെച്ചാൽ പേടിയില്ലാതിരിക്കുക ഇരുട്ടത്ത് സഞ്ചരിക്കാൻ ധൈര്യം ഉണ്ടാവുക ചുറ്റുപാടുകളെ ഭയക്കാതിരിക്കുക അതൊന്നും തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു അത്തരം ഒരു ഭാഗം മാത്രമാണ് ഭയത്തിന്റെ മറുതടയാണ് അത് നമ്മൾ മാനസികമായ ധൈര്യവും മറ്റും ആർജിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചു കാലം നിലനിൽക്കും പക്ഷെ അത് നഷ്ടപ്പെട്ടു ഇവിടെ പറയുന്ന എന്താണ് തത്വജ്ഞന്റെ നിർഭയതയാണ് അതെങ്ങനെയാണ് ദ്വിതീയ ബോധം നശിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഉദിക്കുന്ന ആത്മബോധം എന്നാണ് ശ്രുതിയിലും പറയുന്നത് ആ നിർഭയത്വം ആത്മബോധം തന്നെ ബാഹ്യമായ ചങ്കൂറ്റുമായിട്ടവന് യാതൊരു ബന്ധവുമുണ്ട് അവിടെ നിരവധി ശബ്ദങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അവിടെ നിരവധി ഗുണമില്ല എന്നാ അത് നിർഭയമാണ് അഭയമാണ് ശാന്തമാണ് ശിവമാണ് അദ്വയമാണ് ലൌകികമായി ശബ്ദങ്ങൾക്കെല്ലാം ഓരോരോ അർത്ഥമുണ്ട് ഇവിടെ അങ്ങനെയല്ല ഈ ശബ്ദങ്ങളെല്ലാം ഒരേ തത്വത്തിലേക്ക് ഭവിക്കുന്നു ഭിന്ന അർത്ഥങ്ങളിലല്ല അപ്പം നിർഭയമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശാന്തമെന്ന് പറഞ്ഞാലും അദ്വൈതമെന്ന് പറഞ്ഞാലും ആനന്ദമെന്ന് പറഞ്ഞാലും ശിവമെന്ന് പറഞ്ഞാലും ഒരേ ഒരു അർത്ഥത്തെ തന്നെ പ്രകാശിപ്പിക്കുന്നു അത് നമുക്ക് ആ തത്വജ്ഞന്റെ നില തത്വജ്ഞാനിയുടെ അവസ്ഥ ആത്മനിഷ്ഠന്റെ പ്രകൃതി ഇങ്ങനെയെല്ലാം പറയാം സ്ഥിതപ്രജ്ഞന്റെ സ്ഥിതി അത്തരത്തിലുള്ള നിർഭയാവസ്ഥ അതിനെ നിർഭയം എന്തുകൊണ്ട് വിളിക്കുന്നു കാരണം ഈ അനുഭവവേളയിൽ മനസിന്റെ വ്യാവഹാരികമായ നിലയിൽ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഭയത്തെയല്ല നിർഭയത്തെയാണ് അതുകൊണ്ട് ഇവിടത്തെ ഈ ഭയാത്മകമായ ഈ അവസ്ഥയൊക്കെ അതീതമായിരിക്കുന്നത് ഇതിനെ അതിക്രമിച്ച് നിൽക്കുന്ന ഒന്ന് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അല്ലാതെ ഭയമില്ലാത്ത അവസ്ഥ എന്നുള്ളതൊന്നല്ല അതാണ് ആത്മബോധത്തിന്റെ സവിശേഷത അത് സുഹൃത്തിയിൽ നിന്നും വ്യത്യസ്തമാണ് സുഹൃത്തിയിൽ നമ്മൾ നിർഭയാവസ്ഥയെ പ്രാപിക്കുന്നില്ല പ്രാപിച്ചിരുന്നുവെങ്കിൽ ഉണരുമ്പോഴും ആ നിർഭയാവസ്ഥ തുടർന്നെ വീണ്ടും ഉണരുമ്പോൾ എന്തുവരുന്നു ദുന്ദത്തിലേക്ക് വരുന്നു സുഷുതിയിലെന്താണോ ആ സ്ഫുരണം സംഭവിച്ചില്ല ദ്വൈതഗ്രഹണസ്യ ഭയനിമിത്ത ഭാവ അവിടെ ആത്മബോധത്തിൽ ഭയനിമിത്തവിടെയില്ല ശാന്തം അഭയം ബ്രഹ്മ ഇവിടെ ശാന്തം അഭയം എന്നെല്ലാം ബ്രഹ്മത്തിന്റെ വിശേഷണമായി പറയുകയാണ് ദ്വന്ദ്വാത്മകമായ ഈ മനസ്സിന്റെ വിശേഷണത്തെയല്ല അത് ശാന്തമായിരിക്കുന്നു അത് അഭയരൂപത്തിലിരിക്കുന്നു പറയും ആത്മജ്ഞാനി ഭയക്കുന്നില്ലെന്നാണ് ആത്മജ്ഞാനി ഭയക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആത്മജ്ഞാനനിഷ്ഠയിൽ അവിടെ ദ്വന്ദ്വാത്മകമായ ഭയവികാരാദികളൊന്നും അതിനെ ഭഞ്ജിക്കുന്നില്ല ആത്മബോധത്തെ സ്പർശിക്കുന്നില്ല ആത്മബോധത്തിൽ ഇതെല്ലാം പ്രകടമായാലോ എന്ന് ചോദിച്ചു എന്തുകൊണ്ടങ്ങനെ ചോദിക്കുന്നു ആത്മബോധത്തിൽ നിന്നുകൊണ്ട് ആത്മജ്ഞാനി വ്യവഹരിക്കുന്ന ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നതായി കാണുന്നുണ്ട് അവിടെ എന്തുകൊണ്ട് ഭയം വന്നുകൂടാ രാഗദ്വേഷങ്ങൾ എന്തുകൊണ്ട് പ്രകടമായി കൂടാ എന്ന് ചോദിച്ചാൽ അവിടെ ഇത്തരം കാര്യങ്ങൾ പ്രകടമായാൽ അത് ആത്മപ്രകാശത്തിൽ അത് ഏകീഭവിക്കും അതിന് സ്വതന്ത്രമായി നിൽക്കാൻ ശേഷിയില്ല അതിനാത്മബോധത്തെ ഭഞ്ചിക്കുന്നതിനുള്ള സാമർഥ്യമില്ല അതുകൊണ്ടത് ആത്മബോബോധത്തിൽ ആത്മജ്ഞാനിയിൽ ഭയത്തെ സൃഷ്ടിക്കുന്നില്ല ഇത്തരം വികാരങ്ങൾക്ക് അവിടെ സ്വതന്ത്രമായി നിലനിൽക്കില്ല എപ്പോഴാണോ ഈ വ്യവഹാരികമായ അവസ്ഥയിൽ രാഗോദ്വേഷാദികൾ സ്വതന്ത്രങ്ങളായി നിൽക്കുന്നത് അപ്പോൾ മാത്രമേ അവയ്ക്ക് ജീവനെ ചിട്ടപ്പെടുത്താൻ പറ്റൂ മനസ്സിനെ ഗ്രഹിക്കാൻ പറ്റൂ മനസ്സിനെ അത് വിഴുങ്ങുന്നു പറയുന്നതാണ് ആത്മബോധത്തിൽ അതല്ല അത് എന്താണ് ആകാശത്തിലെ മേഘശകരങ്ങൾ എങ്ങനെയാണോ സൂര്യനെ ബാധിക്കാതിരിക്കുന്നു അതിനെ മാറി നിന്ന് സൂര്യനെയും മേഘത്തെയും കാണുന്നവനെ അത് ബാധിക്കും അവനെ സൂര്യപ്രകാശത്ത് മറക്കും മറയ്ക്കാതിരിക്കുക അതെല്ലാം പറ്റും പക്ഷെ സൂര്യനോ സ്വയം ആ പ്രകാശം മറയ്ക്കുന്നതിന് മേഘശേഖരങ്ങൾക്ക് സാധ്യമല്ല മറിച്ച് ആ പ്രകാശത്തിൽ അതും പ്രകാശിക്കും അതിനെ ആ പ്രകാശം പ്രകാശിപ്പിക്കും അതുപോലെ ആത്മപ്രകാശത്തിൽ മനസ്സ് അതിന്റെ ഗൌണമായ വികാരങ്ങൾ എന്നർക്കും അതെല്ലാം പ്രകാശിച്ചാലും അതൊന്നും ആത്മബോധത്തെ ഭഞ്ചിക്കത്തില്ല ആത്മജ്ഞാനിയുടെ നിലയ്ക്ക് അതൊന്നും ഒരു ദോഷവും വരുത്തുന്നില്ല എന്ന് ചുരുക്കം ശാന്തമഭയം ബ്രഹ്മ ആത്മജ്ഞാനിയുടെ വിശേഷങ്ങളെല്ലാം ആത്മാവിന്റെയും വിശേഷമാണ് അവിടെ ആത്മജ്ഞാനി ആത്മാവൊന്നു രണ്ടില്ല എന്നു ആത്മജ്ഞാനി ബ്രഹ്മവി ബ്രഹ്മ ആത്മജ്ഞാനി എന്താണ് ആത്മസ്വരൂപം തന്നെ പ്രത്യേകിച്ച് അവിടെ ആത്മാവ് ആത്മജ്ഞാനി എന്ന് രണ്ടില്ല ശാന്തം അഭയം ബ്രഹ്മ വിദ്വാന് വിഭേദി ഉദ്ധന അതുകൊണ്ടെന്താണ് അജ്ഞന്റേതുപോലെയുള്ള ഭയാതി വികാരങ്ങൾക്ക് ഒരു നിലനിൽപ്പ് വിദ്വാന്റെ മനസ്സിലില്ല വിദ്വാന്റെ അനുഭവത്തിലില്ല വിശേഷ്യത ജ്ഞപ്തൃജ്ഞാനം ആത്മസ്വഭാവ ചൈതന്യം തദ്വ ജ്ഞാനം ആലോക ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം ആ പ്രകാശം അതിനെ തന്നെ ജ്ഞാനം അറിവ് ബോധം എന്നെല്ലാം പറയുന്നു ആത്മപ്രകാശം നേരത്തെ പറഞ്ഞല്ലോ ഈ ഗ്രാഹക എന്ന് പറയുന്ന ഈ കളങ്കങ്ങളൊന്നും പ്രകാശം അറിവ് ബോധം എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം അറിവ് ബോധത്തെ ആശ്രയിച്ചാണ് എല്ലാ വ്യവഹാരവും നടക്കുന്നത് അതിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നതും ഇച്ഛിക്കുന്നതും അറിയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പക്ഷേ അത് ഈ കളങ്കങ്ങളുള്ളതാണ് ഗ്രാഹ്യ ഗ്രാഹകം എന്ന് പറയുന്ന ഈ കളങ്കങ്ങളുള്ളതാണ് അങ്ങനെയുള്ള ഒരു അറിവിനെ പ്രത്യേകിച്ച് ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ എന്താണ് ആ കളങ്ക നിർമുക്തമായ അറിവ് അതിനു പറയുന്നത് ജപ്തി ജ്ഞാനം ആത്മസ്വഭാവ ചൈതന്യം അതിനെ നമുക്ക് പറയാം ആത്മജ്ഞാനിയിൽ പ്രകാശിക്കുന്ന ചൈതന്യം എന്ന് പറയും ആത്മാവ് ജ്ഞാനിയിലായാലും അജ്ഞാനിയിലായാലും ഒരേ രൂപത്തിൽ തന്നെ അവിടെ പക്ഷപാതമില്ല ഒരേ രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും ആത്മജ്ഞനിൽ ഒരു വിശേഷതയുണ്ട് എന്താണ് അത് ഈ കളങ്കരഹിതമായി പ്രകാശിക്കുന്നത് മറയില്ലാതെ പ്രകാശിക്കുന്നു തദൈവ ജ്ഞാനം ആലോക പ്രകാശയ തദ് ജ്ഞാനാലോകം വിജ്ഞാനേക രസഖനം അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് വാക്കുകളെ കൊണ്ട് പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം തന്നെ പറയുന്നു ജ്ഞാനം ആലോക അതൊരു വെളിച്ചമാണ് അത് ജഡവെളിച്ചമല്ല അതുകൊണ്ട് പറയുന്നു പ്രകാശ ആത്മപ്രകാശമാണ് ബോധരൂപത്തിലുള്ള പ്രകാശമാണ് അത് നിരുപാധികമായ ആ ബോധം തന്നെയാണ് ആ ബോധത്തെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചത്തെ ആശ്രയിച്ചുള്ള സർവപ്രവൃത്തികളും നടക്കുന്നത് ഓരോ ജീവന്റെ നിലനിൽപ്പും ആ ജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് തദ് അത് പ്രപഞ്ചവിന നിർമുക്തമായിരിക്കുമ്പോൾ അതിന് ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നു ജ്ഞാനാലോകം അത് ജ്ഞാനമാകുന്ന വെളിച്ചമാണ് വിജ്ഞാനേകരസനം പറയുന്നു വിജ്ഞാനമാകുന്ന ഏക സ്വഭാവം മാത്രമാണ് എന്നർത്ഥം ഏകരസനം എന്നെന്തുകൊണ്ട് പറയുന്നു ഒന്ന് മാത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഖനം എന്ന് പറയുന്നത് വിജ്ഞാനമാകുന്ന ഏക സ്വഭാവത്തോടുകൂടി ഇതാണ് കാരണം ഇവിടെ എല്ലാവരിലും കൊണ്ട് വിജ്ഞാനം പക്ഷെ അവിടെ അജ്ഞാനവും ഉണ്ട് വിജ്ഞാനവും അജ്ഞാനവും വേറിതിരിക്കാൻ വയ്യാതിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഈ വിജ്ഞാനത്തെ ഏകരസ ഘനം എന്ന് പറയാൻ വയ്യ അറിവാണ് ആത്മാവെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കും അറിവുണ്ട് അതുകൊണ്ട് ഈ അറിവാണ് ആത്മാവും ധരിക്കാതിരിക്കാൻ പക്ഷേ ഈ അറിവെന്താണ് ഏകരസനം എന്ന് ഏക സ്വഭാവത്തിലല്ലായിരിക്കുന്നു ഈ അറിവിൽ ദ്വന്ദ്വാത്മകമായ അനന്ത പ്രതീതികളുണ്ടാവുന്നു ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ് ഈ അറിവിന്റെ പ്രതീതിയാണ് ദ്ന്ദ്വാത്മകമായി അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും എണ്ണിയാലൊടുങ്ങാത്ത അനുഭവങ്ങൾ പ്രതിക്ഷണം ഇതിനോട് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെങ്ങനെ ഏകരസനമെന്ന് പറയാൻ പറ്റും മറിച്ച് അങ്ങനെയല്ല ഇതിന്റെ യഥാർത്ഥ സ്വരൂപം അങ്ങനെയല്ല ഇതിൽ മറ്റൊന്നിനും വാസ്തവത്തിൽ നിലനിൽക്കുന്നതിനിടമില്ല ഇത് തന്നെ പൂർണമായിരിക്കുകയെ ഇതിൽ മറ്റൊന്നിനെ നിലനിൽക്കാൻ പറ്റും നിലനിൽക്കണമെങ്കിൽ ഒരിടം വേണ്ടേ ഇത് സ്വയം പൂർണമായിരിക്കുമ്പോൾ മറ്റൊന്നിനും ഇതിൽ നിലനിൽക്കുന്നതിൽ വാസ്തവത്തിൽ നിലനിൽക്കുന്നതിന് ഇടമില്ല അതുകൊണ്ടാണ് തത്വജ്ഞൻ പറയുന്നത് ഇത് കൽപ്പിതമായി നിലനിൽക്കുന്നു കൽപ്പിതമായി ഇതിനെ ബോധിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഉൾപ്പെടെയുള്ള സർവ പ്രതികീതികളെയും സർവഭാനങ്ങളെയും ബോധിക്കുമ്പോൾ അവന്റെ അനുഭവമാണ് എന്തോ അത് സാധാരണ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവിനെ ഇവിടെ പറയുന്നത് സമന്ത സമന്ത സർവതഹ വ്യോമ നൈരന്തരീണ വ്യാപകം ആകാശത്തിനോട് ഉമിക്കാൻ തന്നെ അത് ബുദ്ധിക്ക് പിടികിട്ടാൻ വേണ്ടി പറയുകയാണ് കേവലം മനസ്സിൽ ഉയർന്നുവരുന്ന സംശയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി പറയുന്നത് ആകാശം പോലെ സർവവ്യാപകമാണ് നിരന്തരം അതിന് ഇടയില്ല എന്നർത്ഥം ഇവിടെ എന്താണ് നിരന്തരമല്ല നമ്മോട് പറയുകയാണ് എന്താണ് ജ്ഞാനമാണ് പ്രകാശമാണെന്ന് പറഞ്ഞാലും ആ ജ്ഞാനത്തിന്റെ പ്രകാശത്തിന്റെ നൈരന്തിര്യം തമ്മിലില്ല നമുക്ക് ജ്ഞാനം വരുന്നു ജ്ഞാനം മറയുന്നു ബോധത്തിലേക്ക് വരുന്നു അബോധത്തിലേക്ക് പോകുന്നു ഇതിന്റെ പ്രകാശവും വിസ്മരണവും സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പരമാർത്ഥത്തെ ദർശിക്കുന്നവനോ ഇവിടെ പ്രകാശ വിസ്മരണങ്ങളില്ലാതെ ഏകരൂപത്തെ സ്ഥിതി ചെയ്യുന്നു വ്യോമത്തെ നൈരന്തര്യമായി അവിരളമായി സ്ഥിതി ചെയ്യുന്നു സർവവ്യാപകമായി സ്ഥിതി ചെയ്യുന്നു ഇതാണ് ജ്ഞാനിയുടെ ജ്ഞാനത്തിന്റെ പരമാർത്ഥമായ നില എന്നാണ് ആചാര്യൻ പറയുന്നത് ബ്രഹ്മ ശാന്